ചതുർത്ഥസ്കന്ധത്തിൽ നാരദമഹർഷി പ്രചേതസ്സുകൾക്ക് ഭഗവത്തത്വം ഉപദേശിച്ചു കൊടുത്തു അതിനുശേഷം പഞ്ചമസ്കന്ധം ആരംഭിക്കുകയാണ് പഞ്ചമസ്കന്ധത്തിൽ ആദ്യമായി വരുന്ന ഉപാഖ്യാനം പ്രിയവ്രത ചരിത്രമാണ് എന്തേപ്പോ വിജുര മൈത്രേയ സംവാദത്തിൽ പ്രിയവർദ്ധ ചരിത്രം പറയാത്തത് എന്ന് വെച്ചാൽ അവിടെ പ്രിയവർദ്ധനയും ഉത്താനപാദനെയും കുറിച്ച് പറഞ്ഞുവെങ്കിലും മൈത്രേയ മഹർഷി വിജുരന് പറഞ്ഞു കൊടുക്കുന്ന സന്ദർഭത്തിൽ ഉത്താനപാദന്റെ പുത്രനായ ധ്രുവചരിത്രത്തിലാണ് ശ്രദ്ധ പ്രിയവർദ്ധനയെക്കുറിച്ച് പറഞ്ഞില്ല ഇവിടെ ഇപ്പോ പഞ്ചമസ്കന്ധത്തിൽ രാജാവ് പരീക്ഷിച്ച് ചോദിക്കുക ഞാൻ പ്രിയവർത്തനെക്കുറിച്ച് അല്പം കേട്ടിട്ടുണ്ട് അദ്ദേഹം ആത്മാരാമനാണെന്നും ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ ചെറുപ്പത്തിൽ തന്നെ നാരദനൽ നിന്നും ഉപദേശം സ്വീകരിച്ച് ബ്രഹ്മസത്രത്തിനായി ദീക്ഷയെടുത്ത ആളാണെന്നും കേട്ടിട്ടുണ്ട് അദ്ദേഹം പിന്നെ എങ്ങനെ വിവാഹം കഴിച്ചു ഗൃഹസ്ഥാശ്രമത്തിൽ എങ്ങനെ പ്രവേശിച്ചു ഇത് രണ്ടും ഇരുട്ടും വെളിച്ചവും പോലെ വിരോധമാണെന്ന് ആ തോന്നണത് ഗൃഹസ്ഥാശ്രമത്തിൽ ആത്മാരാമനായ ഒരാൾക്ക് എങ്ങനെ രമിക്കാൻ സാധിക്കും എങ്ങനെ ജീവിച്ചു എന്ന് ചോദിക്കാണ് രാജാവ് അതിൽ നിന്ന് കർമ്മബന്ധം വരുമല്ലോ അപ്പോ ശ്രീശുഖബ്രഹ്മ മഹർഷി പ്രിയവർത്തന്റെ കഥ പറയാണ് പ്രിയവർത്തൻ വളരെ ചെറുപ്പത്തിൽ നാരദ മഹർഷിയുടെ സ്വാധീനത്തിൽ വന്നു നാരദർക്ക് എന്നാ എല്ലാരെയും ഭഗവാനുക്ക് നേരം തൃപ്പി വിടത് ചിന്ന കുഴഞ്ചെയ പ്രിയവ്രതക്ക് നാരദർ പ്രഹ്മോപദേശം പണിന പ്രഹ്മോപദേശം വാങ്ങിക്കും ഒന്ന് അത് അനുഭവത്തിൽ കൊണ്ടുവരുന്നത് ഇപ്പോ സപ്താഹത്തിലെ ഇല്ല ഭാഗവതത്തിലെ വിഷയമാ കേക്ക് കേട്ടപ്പുറം ഇനമ എക്കീവിതം ഇനിമെ എക്കെ വാഴയില പൂർണ്ണമാ അനുഭവിക്കുക മാതിരി നാ എന്നോടൊ ജീവിതത്തെ എല്ലാമേ ഒരു സർക്കിൾ പോട്ട് വെച്ചിണ്ട് സദാ ഇത ഞാപം വെച്ചിണ്ട് എല്ലാ വിവഹാരത്തെയും ഇത പിന്നാലെ വെച്ചിണ്ട് അനുഭവിക്കുന്നത്ക്കാർ ശ്രമം പണിക്ക് തമ്മ സത്രം അത് പേര് പ്രഹ്മാനുഭവത്തിന ഒരു സത്രം ജീവിതമേ ഒരു യജ്ഞമാക്കി തീർക്കാനും ഓരോ അനുഭവത്തിലും ബ്രഹ്മാ ബ്രഹ്മവിചാരത്തോടുകൂടെ ഇരുന്നുകൊണ്ട് എല്ലാ അനുഭവത്തിനെയും വാസനകളൊക്കെ ഉപശമിപ്പിച്ച് ബ്രഹ്മകർമ്മ സമാധി എന്ന് ഭഗവാൻ ഗീതയിൽ പറഞ്ഞു ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവിർ ബ്രഹ്മാഗ്നോ ബ്രഹ്മണാഹുതം ബ്രഹ്മൈവതേന ഗന്ധവ്യം ബ്രഹ്മകർമ്മ സമാധിനെച്ചാൽ കർമ്മവാസനയൊക്കെ ശമിപ്പിക്കാം സകലതും ഭഗവത് സ്വരൂപമാണെന്നുള്ള ഭാവന തുടർന്ന് പരിശീലിക്കുക അങ്ങനെയാണ് അത്ര ബ്രഹ്മാവ് സനകസനന്ദനാദികളൊക്കെ ജീവിക്കുന്നത് ആചാര്യസ്വാമികൾ അടുത്ത് പറയുന്നു നിമേഷാർദ്ധമിന തിഷ്ടന്തി വൃത്തിം ബ്രഹ്മമയീം വിനാം യഥാ തിഷ്ഠന്തി ബ്രഹ്മാദ്യാ സനകാദ്യ ശുഖാദയ ജ്ഞാനികൾ ഒരു നിമിഷത്തിന്റെ ഒരു അർത്ഥം പോലും ബ്രഹ്മവിചാരമില്ലാതിരിക്കണില്ലെന്നാണ് ആരാ അതിന് ഉദാഹരണം എന്ന് വെച്ചാൽ യഥാതിഷ്ഠന്തി ബ്രഹ്മാദ്ഹ ബ്രഹ്മാവോ മുതലായിട്ടുള്ളവരും സനകാദ്ധ്യാഹ സനകസനന്ദനാദികളും ശുഗാദയാഹ ശുഗാചാരീര് മുതലായിട്ടുള്ളവരും അങ്ങനെ തുടർന്ന് കർമ്മം ശരീരം പ്രവർത്തിച്ചുകൊണ്ടൊക്കെ ഇരിക്കും പക്ഷെ ഭക്തി ഭക്തിക്ക് ഇപ്പൊ എന്താ വേണ്ട മനസ്സല്ലേ വേണ്ടു ശരീരം കൊണ്ട് ചെയ്യണതൊന്നും ഭക്തിയാവില്ല ഇപ്പൊ നമ്മളിവിടെ പൂജ ചെയ്യണുണ്ട് പൂജ ഒരു ഭക്തി നമ്മൾ വിചാരിക്കണോ പൂജയിൽ ഈ പുഷ്പം ഇങ്ങനെ അർപ്പിക്കുന്നതോ അല്ലെങ്കിൽ ദീപാരാധന കാണിക്കുന്നതോ കർമ്മമാണ് അത് ഭക്തിയല്ല ഇത് നാളെ ചിലപ്പോ ഒരു റോബോട്ടിനെ കൊണ്ടുവന്ന് ചെയ്യിപ്പിക്കും നമ്മുടെ ആളുകൾ ഇനി കുറെ കഴിഞ്ഞാൽ അങ്ങനെ ആവും എന്താണെന്ന് വെച്ചാൽ നല്ലവണ്ണം പൂജ ചെയ്യാൻ ആളെ കിട്ടില്ല ഒരു റോബോട്ട് അതിന് ഉണ്ടാക്കിയിട്ട് അത് തെറ്റാതെ മന്ത്രം ചൊല്ലും ഉച്ചാരണ ശുദ്ധിയോടുകൂടെ മന്ത്രം ചൊല്ലും സ്വരം തെറ്റില്ല ഒന്നും മറന്നുപോവില്ല ചെയ്യേണ്ടതൊക്കെ ഭംഗിയായിട്ട് ചെയ്യും അർച്ചന ചെയ്യും മന്ത്രി അത് പൂജയാവോ അത് പൂജയാവോ എന്താ അതിന് ജീവനില്ല അത് വെറും ജഡം ഒരു കർമ്മമാണ് ചെയ്യേണ്ടത് പുഷ്പമെടുത്ത് ഇടുന്നു മണിയടിക്കും എല്ലാം ചെയ്യും പക്ഷെ അത് പൂജയല്ല വെറും കർമ്മം ജഡമായ കർമ്മം അതെന്തുകൊണ്ട് പൂജയാവില്ല അതിനൊരു ഭാവവും ഇല്ല അതിന് ഈശ്വരനും ഇല്ല അതാനും ഒന്നുമില്ല അപ്പൊ കർമ്മമല്ല പൂജ കർമ്മത്തിന് പുറകിൽ ഈ പൂജ ചെയ്യുന്ന ആളുടെ ഭാവമാണ് പൂജ അതിന്റെ സ്നേഹം ഉണ്ടാവുമ്പോൾ ഒരു അമ്മ കുട്ടിയെടുത്ത് മടിയിൽ വെക്കും ആ മടിയിൽ വെക്കുമ്പോ നമുക്ക് അമ്മ ചെയ്യുന്ന ആ കർമ്മത്തിൽ അമ്മയുടെ പ്രിയമാണ് കാണുന്നത് നമ്മൾ ചെയ്യുന്ന കർമ്മം വെറും ഒരു ഒരു കർമ്മമാണ് പക്ഷെ അതിന് പുറകിൽ ആ ഭാവം അമ്മയ്ക്ക് കുട്ടിയോടുള്ള പ്രിയം ആ പ്രിയത്തിനാണ് പ്രാമുഖ്യം അതും ഒരു ചെയ്യും ഇങ്ങനെ എടുത്ത് വെക്കണ ഒരു മെഷീൻ ഉണ്ടെങ്കിൽ മെഷീൻ ചെയ്യും പക്ഷെ മെഷീന് ബുദ്ധിയുമില്ല ഭാവവും ഇല്ല സ്നേഹവുമില്ല ഒന്നുമില്ല അതിങ്ങനെ എടുത്തു വയ്ക്കണു അത്രയേ ഉള്ളൂ അപ്പോ നമ്മൾ ചെയ്യുന്ന കർമ്മമൊക്കെ എന്തൊക്കെ പ്രവൃത്തി ചെയ്യുമ്പോഴും ഉള്ളില് ഭവനാനുകൂല വ്യാപാര വിശേഷ മീമാംസകന്മാർ പറയും ഭവത ഭവനാനുകൂല ഭാവനാവിശേഷ ഭാവന ഭാവനയ്ക്ക് മീമാംസകന്മാരുടെ വ്യാഖ്യാനമാണ് ഭവിതുഹു ഭവനാനുകൂല വ്യാപാര വിശേഷ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ അയാൾ എന്താവണമോ എന്താണോ അയാളുടെ ഭാവത്തിലുള്ളത് ആ ഭാവനയാണ് കർമ്മത്തിന് മുഖ്യം എന്നുവെച്ചാൽ അഭാവയത ശാന്തി അശാന്തസ് കുതസുഖം ആ ഭാവനയില്ലെങ്കിൽ ശാന്തി സുഖമില്ല അപ്പൊ കർമ്മം ശരീരം പ്രവൃത്തിയൊക്കെ ചെയ്യട്ടെ ലോകത്തിൽ എന്ത് വേണമെങ്കിൽ ചെയ്യട്ടെ ചെയ്യുമ്പോഴൊക്കെ ഇനിമേലാൽ ഞാൻ കർമ്മത്തിന് പ്രാമുഖ്യവും കൊടുക്കില്ല കർമ്മത്തിന് ഉപേക്ഷിക്കുകയും ഇല്ല കർമ്മമൊക്കെ ചെയ്യട്ടെ ശരീരം പക്ഷെ ഉള്ളുകൊണ്ട് ഒന്ന് പരിശീലിച്ച് തുടങ്ങുകയാണ് പതുക്കെ പതുക്കെ ഈ ബ്രഹ്മഭാവനയെ അല്ലെങ്കിൽ ഭക്തിയെ ശരണാഗതിയെ അല്ലെങ്കിൽ നാമസങ്കീർത്തനത്തിനെ നാമജപത്തിനെ എല്ലാം നമ്മൾ ഭക്തി ജ്ഞാനം എന്നൊക്കെ പേര് പറഞ്ഞൊന്നു അത്രേ ഉള്ളൂ ഭാവനയൊക്കെ ഒന്ന് തന്നെ ഭഗവത് സ്മൃതിയെ ഉള്ളിൽ പരിശീലിച്ചുകൊണ്ട് ശരീരം പ്രവർത്തിക്കുക എന്നുള്ള ഒരു ധർമ്മത്തിനെ ബ്രഹ്മസത്രം എന്ന് പറയാം അങ്ങനെ പ്രിയവർദ്ധൻ ബ്രഹ്മസത്രത്തിന് ദീക്ഷ എടുക്കുന്നതോടൊപ്പം ഇനി ഞാൻ ഗൃഹസ്ഥാശ്രമത്തിലേക്ക് പ്രവേശിക്കണമില്ലാന്ന് തീരുമാനിച്ചു വെറുതെ എന്തിനാ ഏടാകൂടത്തിലേക്ക് കടക്കണം കടന്നാൽ പുറത്തു വരിക ബുദ്ധിമുട്ടാൻ കടക്കുന്നത് എളുപ്പമായിരിക്കും അതുകൊണ്ട് വേണ്ടെന്ന് വെച്ചു ഒരാളൊരു ഡെഫിനേഷൻ കൊടുത്തു കല്യാണത്തിന് ഇറ്റ്സ് എ സർക്കിൾ ഇൻ വിച്ച് ദ അൺമാരീഡ് വാണ്ട്സ് ടു ഗെറ്റ് ഇൻ ആൻഡ് ദ മാരീഡ് വാണ്ട്സ് ടു ഗെറ്റ് ഔട്ട് അതിനകത്തേക്ക് കടക്കണ്ടെന്ന് തീരുമാനിച്ചു അത്ര അദ്ദേഹം പക്ഷേ പ്രാരബ്ധം ആരെ വിട്ടുവെക്കും അതാണ് ഈ ശരീര സംബന്ധമായിട്ട് യാതൊന്നും തീരുമാനിക്കാതിരിക്കുന്നവരാണ് ഞാനിത് അവരൊന്നും തീരുമാനിക്കില്ല കാരണം അവർക്ക് അറിയാം ഇത് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടൊന്നും അല്ല അവിടെ വന്നിരിക്കണത് അത് വരുമ്പോൾ ചിലതൊക്കെ ഫീഡ് ചെയ്ത് വെച്ചിട്ടാണ് അത് വന്നിരിക്കുന്നത് അത് എന്തൊക്കെ അനുഭവിക്കണോ ഒന്നും നമുക്കറിയില്ല അപ്പോ തീരുമാനിച്ചു ഇദ്ദേഹം ഗൃഹസ്ഥാശ്രമത്ത് കിടക്കണില്ലാന്ന് അപ്പൊ ബ്രഹ്മാവ് ആകാശത്തു നിന്നും ബ്രഹ്മാവ് അങ്ങനെ ഇറങ്ങി വന്നു ബ്രഹ്മാവ് പറഞ്ഞു ഉപദേശിച്ചു എന്നുള്ള ഇടത്ത് ഭഗവത് ഭഗവാനു വാച്ച ഭഗവാന്റെ ഉപദേശാണ് ഭഗവാൻ പറഞ്ഞു കുഞ്ഞേ ഹേ പ്രിയവ്രത ഞാനൊരു കാര്യം പറഞ്ഞുതരാം ശ്രദ്ധിച്ചു കേൾക്കണം ജീവിതത്തിന്റെ ഏറ്റവും കാതലായിട്ടുള്ള ചില ധർമ്മങ്ങളാണ് ഈ പ്രിയവ്രത ഉപാഖ്യാനത്തിനുള്ള ഉപദേശം निबोधतातेतमृत ब्रवीमी मा सूयुम दर्हसी अमेय वयस्तेश महर्षि वहाम सर्वे विवशा ये प्रियव्रत नमे और महाशक्ति യന്ത്രത്തിനെ ചാലനം ചെയ്യുന്നതിനനുസരിച്ച് യന്ത്രം ചുറ്റുന്ന പോലെ നമ്മുടെയൊക്കെ ആ ശക്തി ചുറ്റിപ്പിച്ചുകൊണ്ടിരിക്കുന്നു നമ്മളെയൊക്കെ ചലിച്ചുകൊണ്ടിരിക്കണം ഞാൻ ബ്രഹ്മാവായിട്ട് ഇരിക്കണതും ശിവൻ ശിവനായിട്ടിരിക്കണതും ദാ നിന്റെ മുമ്പിൽ ഈ നാരദൻ ഇരിക്കണമല്ലോ നാടു മുഴുവൻ നടന്ന് കെണിമൂട്ടിക്കൊണ്ടിരിക്കുന്നതും ഒക്കെ അദ്ദേഹത്തിന്റെ ഇച്ഛയാണ് ഏഷ മഹർഷി വഹാമ യസ്യതിഷ്ഠം ഏത് ഭഗവാന്റെ സങ്കൽപ്പത്തിനെയാണോ ഞങ്ങളൊക്കെ നടത്തുന്നത് ഇതിൽ ഞങ്ങളാരും സ്വതന്ത്രമല്ല ഇങ്ങനെ ഇരിക്കാനേ ഞങ്ങൾക്ക് പറ്റുള്ളൂ സകല കാര്യങ്ങളും ആ സർവേശ്വരൻ നടത്തിക്കൊണ്ടിരിക്കുന്നു വേറൊരു വിധത്തിലാകാൻ ആർക്ക് സ്വാതന്ത്ര്യമില്ല ശരീരതലത്തിൽ നമ്മൾക്ക് കീറാമുട്ടിയായിട്ടൊരു പ്രശ്നമുണ്ട് വിധിയാണോ സ്വപ്രയത്നമാണോ എല്ലാവർക്കുമുള്ള പ്രശ്നമാണ് വിധിയാണോ സ്വപ്രയത്നമാണോ കുറെ ആളുകൾ പറയും ആദ്യം ചെറുപ്പക്കാരായിട്ടുള്ളവർ പറയും പ്രയത്നം കുറച്ച് വയസ്സായി കഴിഞ്ഞാൽ അവർ ഒക്കെ തലവിധി ചെറുപ്പകാലത്ത് പ്രയത്നം പറഞ്ഞ ആള് തന്നെ ഒരു വയസ്സ് കഴിയുമ്പോ പറയുക ഒക്കെ തലവിധിയാണ് അപ്പൊ വിധി എന്ന് നടക്കും ഇതൊരു കീറാമ്പുട്ടയാണ് രണ്ടും ഉണ്ട് വിധിയാണോ എന്ന് ചോദിച്ചാൽ വിധിയാണെന്ന് തോന്നും പ്രയത്നമാണോന്ന് ചോദിച്ചാൽ പ്രയത്നത്തിന് സ്ഥലമേ ഇല്ലേ പ്രയത്നമുണ്ടെന്നും തോന്നും ഇതിന് ഉത്തരം പറയാനേ പറ്റില്ല മുട്ടയാണോ കോഴിയാണോ ആദ്യം കോഴിയിൽ നിന്ന് മുട്ട വന്നു മുട്ടയിൽ നിന്നു കോഴി വന്നു എങ്ങനെ ഉത്തരം പറയും മരത്തിൽ നിന്ന് വിത്ത് വന്നു വിത്തിൽ നിന്ന് മരം വന്നു എങ്ങനെ ഉത്തരം പറയും ചോദ്യമേ തെറ്റാണ് കാരണം ഒരു വിത്തും ഇന്നൊരു മരവും മറ്റൊരു മരവും വെച്ചുകൊണ്ടാണ് ഈ ചോദിക്കുന്നതേ ഒരു മുട്ടയും മറ്റൊരു കോഴിയും വെച്ചുകൊണ്ടാണ് ചോദിക്കുന്നത് ഒന്നിൽ നിന്ന് ഒന്നും വന്നില്ല രണ്ടും വേറെ വേറെയാണ് രണ്ടും സെപ്പറേറ്റ് ഒന്നിൽ കോഴി അല്ലെങ്കിൽ മുട്ട ഒന്നിൽ മരം അല്ലെങ്കിൽ വിത്തേ നിൽക്കുകയുള്ളൂ രണ്ടും ഒരു സ്ഥലത്ത് നിൽക്കില്ല ഒന്ന് തന്നെ രണ്ട് ഘട്ടത്തിൽ നിൽക്കുകയാണ് മുട്ട പൊട്ടിച്ചിട്ടാലോ വിത്ത് കേടുവരുത്തി കളഞ്ഞാലോ മരത്തിനെ മുറിച്ചു ചോട്ടിലിട്ടാലോ രണ്ടും മണ്ണായിട്ട് പോകും വൃത്തികേത്തേവ സത്യം മണ്ണ് മാത്രമേ ഉള്ളൂ മണ്ണ് ഒരു മുട്ടയുടെ വേഷം കെട്ടി നിൽക്കണു ഒരു കോഴിയുടെ വേഷം കെട്ടി നിൽക്കണു ഒരു വശത്ത് വേഷം കെട്ടി നിൽക്കണു ഒരു വിത്തിന്റെ വേഷം കെട്ടി നിൽക്കണു എന്നിട്ട് വിത്ത് നിന്ന് മരം വന്നോ മരത്തുനിന്ന് ഒന്നായ നിന്നെ ഇഹ രണ്ടെന്നു കണ്ടളവിൽ ഉണ്ടായ ഒരു ഇണ്ടൽ ഗതം ഉണ്ടാവതല്ല മമ പണ്ടേക്കണൊക്കെ വരുവാൻ വീണ്ടും ഒന്നായിട്ട് കാണാൻ നിൻ കൃപാവലികൾ ഉണ്ടായെങ്കിൽ നാരായണായ നമ അല്ലെങ്കിൽ പെട്ടുപോകും ഈ രണ്ടിലും പെട്ടുപോകും പരസ്പരാശ്രയം അവസാനം നമ്മൾ വന്ന് കുടുങ്ങണത് അവിടെയാണ് ഈ ഇന്ന് സയൻസൊക്കെ കുടുങ്ങിയിരിക്കണത് അതാണ് അന്വേഷിച്ച് അന്വേഷിച്ച് അവര് മൂലപദാർത്ഥം എന്താണെന്ന് അന്വേഷിച്ചു പോയി അവസാനം രണ്ടെണ്ണത്തിനെ കാണുന്നു ഇത് ഇതിൽ ഇത് ഇതെന്നുണ്ടായി ഇനി എങ്ങനെ ഞങ്ങൾ പോകുന്നു നമ്മളുടെ ആധുനിക സൈൻ ശാസ്ത്രമൊക്കെ വന്ന് നിൽക്കുന്നത് അവിടെയാണ് എല്ലാം അന്വേഷിച്ചു പോയി അവസാനം ഒന്ന് ഇവിടെയും നിൽക്കണോ ഒന്നിവിടെയും നിൽക്കണു ശിവനും ശക്തിയും പോലെ ശക്തി എവിടെ നിന്ന് പരമേശ്വരൻ ശിവന്റെ കല്യാണത്തിന് പുരോഹിതൻ ആ ഒരു കുറുമ്പ് കാണിച്ചു നിങ്ങളുടെ അച്ഛന്റെ പേരെന്താണ് ചോദിച്ചു ശിവന്റെ അടുത്ത് ബ്രഹ്മാവാണെന്ന് പറഞ്ഞു ബ്രഹ്മാവിന്റെ അച്ഛന്റെ പേരെന്താണ് പരമ്പര ചോദിച്ചതാണ് വിഷ്ണുവാണ് വിഷ്ണുവിന്റെ അച്ഛൻ ആരാണ് ഞാൻ തന്നെ ഒരേ വസ്തു ചുറ്റി ചുറ്റി ചുറ്റി വന്നുകൊണ്ടിരിക്കുന്നു ഇതിൽ ഒന്നിന് രണ്ടെന്ന് കണ്ടു ഇത് ഇതിനെ ആശ്രയിക്കും ഇത് ഇതിനെ ആശ്രയിക്കും ഇനി അങ്ങോട്ട് കിടക്കാൻ വയ്യ പ്രശ്നമായി വിധിയാണോ പ്രയത്നമാണോ ഇതുപോലെയാണോ ഒരു കേതാമുട്ടി രമണ മഹർഷി അതിനൊരു ഉത്തരം പറഞ്ഞു വിദേഹേ പ്രയത്നസെ ച കോപ്പി വാദ തയോർ ദ്വയോ മൂലം വിധേഹെ പ്രയത്ന മൂലവസ്തു സഞ്ജാനതാം നൈവ വിധി നധേഹേ പ്രയത്ന കോപി വാദ വിധിയാണോ പ്രയത്നമാണോ എന്നുള്ള ഈ ഒരു വാദമുണ്ടല്ലോ ആ വാദം ആരാ ചെയ്യണത് എന്ന് വെച്ചാൽ തയോർ ദ്വയോർ മൂലം അജാനതാം സാത് വിധിക്കും പ്രയത്നത്തിന്റെ മൂലം അറിയാത്ത ആളുകളാണ് ഈ വാദം ചെയ്യണത് വിധേഹെ പ്രയത്ന മൂലവസ്തു സഞ്ചാനതം നൈവവിധി ഹീ നയത്ന ഈ വിധിക്ക് മൂലം എന്താണ് പ്രയത്നത്തിന് മൂലം എന്താണ് ആർക്ക് വിധി വിധി എന്ന് പറയുമ്പോൾ തന്നെ ആർക്കാ വിധി ശരീരത്തിന് ശരീരം ശരീരം എന്റെ ആണോ ശരീരം എന്റെ ഉപയോഗത്തിന് നിൽക്കാൻ പോണ്ടോ നമ്മൾ ചർച്ച ചെയ്യുന്നതേ നമ്മളെ കുറിച്ചല്ല എന്നപ്പോൾ മനസ്സിലാവും ഇത് പ്രകൃതിയുടെ വസ്തുവാണ് ഈ ശരീരം പ്രയത്നം ആരുടെ പ്രയത്നം എന്റെ പ്രയത്നം എന്റെ ഞാൻ പ്രവർത്തിക്കും ഈ കൈ എങ്ങനെ പൊങ്കി പൊന്നിപ്പോ അനങ്ങാതെ എങ്ങനെ കിടക്കാമല്ലോ ചില ആളുകളുണ്ട് വായിലിട്ട് കൊടുക്കണം ട്യൂബ് വെച്ച് ഉള്ളിൽ കയറ്റണം ഞാൻ പ്രവർത്തിക്കുമെന്ന് പറയാൻ പറ്റില്ലല്ലോ എങ്ങനെ പ്രവർത്തിക്കുമെന്ന് പറയാൻ എങ്ങനെ പറ്റും കൈ ഒന്തിക്കാനേ വയ്യാതെ കിടക്കുന്ന ആളുകളുണ്ട് യോ അന്ത പ്രവിശ്യ മോമവാചം ഇമാം പ്രസുത്താം സഞ്ജീവയത്തി അപ്പോ ഈ ഞാൻ എന്താണ് അന്വേഷിച്ച് നോക്കിയാൽ ഞാൻ എന്നുള്ള അഹങ്കാരം ഇല്ലേ ഇല്ല രാമകൃഷ്ണ പരമസർ പറയണത് വെങ്കായത്തിന്റെ ഉള്ളിയുടെ തോല് പൊളിക്കണ പോലെയാണെന്നാണ് പൊളിച്ചുകൊണ്ടേ പോണില്ല അതിന്റെ സത്ത് എവിടെ നിന്ന് അന്വേഷിച്ചു പോയാ പൊളിച്ചു പൊളിച്ചു നീക്കാ ഒന്നുമില്ല അതുപോലെ ഈ അഹങ്കാരത്തിനെ അന്വേഷിച്ച് നോക്കുമ്പോൾ അഹങ്കാരത്തിന് ഇരിപ്പിടമേ ഇല്ല ഈ അഹങ്കാരമാണ് പറയണത് വിധി എന്ന് പറയണത് അഹങ്കാരമാണ് പ്രയത്നം എന്ന് പറയണത് അഹങ്കാരത്തിന്റെ മൂലത്തിനെ അന്വേഷിച്ചു നോക്കിയാൽ അവിടെ വിധിയും സെൽഫ് എഫേർട്ടും ഇല്ല വിധിയുമില്ല പ്രയത്നവുമില്ല ഏകവും അദ്വയവുമായ ഒരേ ഭഗവത് സ്വരൂപം മാത്രം നിൽക്കണു ആ ഭഗവാൻ തന്നെ ഇവിടെ ജീവാത്മാവായി വേഷം കെട്ടി എന്റെ പ്രയത്നം എന്ന് പറയുന്നു ഒരു വശത്ത് ഞാൻ ദുഃഖിക്കണെന്ന് പറയുന്നു മറ്റൊരു വശത്ത് ഇവിടെ ദുഃഖവുമില്ല പ്രയത്നവുമില്ല ലോകവത്വ ലീലാ ലോകമെന്ന വണ്ണം ഇവിടെ ഒരു ലീലാ കൈവല്യം സുഖിക്കുന്നവനായും ദുഃഖിക്കുന്നവനായും പ്രവർത്തിക്കുന്നവനായും അനുഭവിക്കുന്നവനായും എല്ലാം നിൽക്കുന്നത് ആ ഒരേ ഭഗവത് ഭഗവത് സ്വരൂപം തന്നെ വിഷമിക്കുന്നവരും ഭഗവാൻ തന്നെ ദുഃഖിക്കുന്നവനും ഭഗവാൻ തന്നെ പ്രവർത്തിക്കുന്നവനും ഭഗവാൻ തന്നെ ആനന്ദിക്കുന്നതും ഭഗവാൻ തന്നെ ആ ഭഗവാനല്ലാതെ രണ്ടാമതൊരു വസ്തു ഉണ്ടെങ്കിലല്ലേ ഇവിടെ വിധിയോ പ്രയത്നമോ ഉള്ളൂ കുറച്ച് ചുവട്ടിൽ വന്നു നോക്കിയാൽ വേറെ ഒരു നമുക്ക് മനസ്സിലാവും അല്പം ചുവട്ടിൽ വന്നാൽ ശരീരത്തിന്റെ തലത്തിൽ വിധിയുണ്ട് ശരീരത്തിന്റെ തലത്തിൽ ഉപാധിയുടെ തലത്തിൽ നമ്മളൊക്കെ വിധിക്ക് ചിന്തിക്കാത്ത ആളുകൾക്ക് വേണമെങ്കിൽ പറയാം എന്റെ പ്രയത്നമാണെന്നൊക്കെ പറയാം പ്രയത്നമേ ചെയ്യാൻ പറ്റാതെ ജനിക്കുന്ന ആളുകൾ ഉണ്ടല്ലോ അവരെന്തെയും നമുക്ക് കയ്യും കാലുമൊക്കെ അവ്യംഗം കതഞ്ചിത് അവ്യങ്കം അയത്ന തോന്ന ശരീരം കുഴപ്പമൊന്നുമില്ലാതെ കിട്ടുമ്പോ വേണ്ടില്ല നമ്മൾ അല്പം ചിന്തിച്ചു നോക്കിയാൽ ശരീരത്തിന്റെ തലത്തിൽ നമ്മളൊക്കെ തന്നെ വെറും കളിപ്പാട്ടങ്ങളാണ് ഭാഗവതത്തിൽ പറയുന്നു ഈശസ്യ ഹി വശേ ലോക യോഷ ദാരുമയി ഈശ്വരന്റെ കയ്യിൽ ഈ പാവക്കൂത്തിൽ ഒരാളിങ്ങനെ പുറകെ നിന്ന് നടത്തിപ്പിക്കും അതുപോലെ തന്നെ രാമനായിട്ടും രാവണനായിട്ടും ഒക്കെ നാടകം ആ ചരട് വലിക്കുന്ന ആളുടെ ഇഷ്ടത്തിനനുസരിച്ച് ആ പാവകളാണ് നർത്തനം ചെയ്യുന്നതെന്ന് കാണുന്നവർക്ക് തോന്നും രാമകൃഷ്ണദേവൻ പറയും സാമ്പാറിലുള്ള ഉരുളക്കിഴങ്ങും മുരിങ്ങയ്ക്കും വെണ്ടയ്ക്കും ഒക്കെ ഡാൻസ് കളിക്കുമ്പോൾ അവരാണ് ചെയ്യണതെന്ന് തോന്നും എന്നാണ് അടിയിലത്തെ തീ അങ്ങട് എഴുത്ത ബ്ലും പുറമേക്ക് നോക്കുമ്പോ ഞാനാണ് ചെയ്യുന്നത് ഞാനാണ് പ്രവർത്തിക്കുന്നത് ഞാനില്ലെങ്കിൽ നടക്കില്ല അപ്പൊ ഈ ശബ്ദം എത്ര നേരം വേണം ഈ ശബ്ദം നിന്നു എത്ര നേരം വേണം ബുദ്ധി അസ്തമിച്ചു പോവാൻ വലിയ വലിയ ബുദ്ധിശാലികൾ അവരവരുടെ പേര് പോലും മറന്നുപോയിട്ടുണ്ട് ഇതിന് ഡോക്ടർ രാധാകൃഷ്ണൻ അദ്ദേഹത്തിന് അവസാന കാലത്ത് അദ്ദേഹത്തിന്റെ പേര് തന്നെ ഓർമ്മയില്ല എന്തു ചെയ്യാൻ പറ്റും യാദേവി സർവഭൂതേഷു ബുദ്ധിരൂപേണ സംസ്ഥിത പിൻവലി ഞാൻ കഴിഞ്ഞു ഊണ് കഴിച്ചാൽ വയറിൽ പോയിട്ട് എന്ത് സംഭവിക്കണോ വലതും അറിയോ എന്തോ നടക്കണോ പ്രവൃത്തി എന്റെ വയറ് എന്റെ ശരീരം എന്നൊക്കെ പറയണോ അതിനകത്തുള്ള നമുക്കറിയില്ല ഉറക്കം എങ്ങനെ വരണമെന്ന് അറിയില്ല ഉണരുന്നത് എങ്ങനെയെന്നറിയില്ല അപ്പോ ഈ തലത്തിൽ ശരീരമാണ് ഞാൻ വിധി സത്യം പക്ഷെ ഞാൻ ശരീരമാണോ എന്ന് ചിന്തിച്ചു നോക്കിയാൽ ഞാൻ ശരീരമേ അല്ല ശരീരത്തിൽ നിന്നും സ്വതന്ത്രമായി ഞാൻ ഞാൻ ഞാൻ എന്ന അനുഭവം നമുക്കുണ്ട് ആ അനുഭവം ശരീരത്തിൽ പെട്ടിട്ടേ ഇല്ല അത് സ്വതന്ത്രമായ വസ്തു അങ്ങനെ അറിയുമ്പോൾ നമ്മൾ സ്വതന്ത്രരാണ് ഇപ്പൊ തന്നെ സ്വതന്ത്രരാണ് ഞാൻ ആത്മാവാണെങ്കിൽ ഞാൻ സ്വതന്ത്രനാണ് ഞാൻ ശരീരമാണെങ്കിൽ ഞാൻ വിധിക്ക് അടിമപ്പെട്ടവനാണ് വിധിയും പ്രയത്നവും ഒരേ സ്ഥലത്ത് നിൽക്കുന്നു വിധിയുമുണ്ട് പ്രയത്നവും ഉണ്ട് ശരീരതലത്തിൽ വിധിയുണ്ട് സ്വരൂപതലത്തിൽ പ്രയത്നമുണ്ട് പ്രയത്നം എവിടെ ജ്ഞാനത്തിൽ ശ്രദ്ധയിൽ ഇങ്ങനെ അറിയുകയാണെങ്കിൽ ഈ തലത്തിൽ അറിയാണെങ്കിൽ നമ്മളുടെ അധ്യാത്മ പ്രശ്നമൊക്കെ അസ്തമിച്ചു ശ്രദ്ധിക്കൂ ശരീരത്തിനെ മാറ്റിമറിക്കരുത് ഇതാണ് ഭാഗവത സിദ്ധാന്തം ശരീരം അതിന്റെ പ്രാരബ്ധത്തിന് വിട്ടുകൊടുക്കുക പ്രാരബ്ധം പുഷ്യത്രി വപുഹു ഇത് ധൈര്യമാലംബ്യ യത്നേന സ്വാധ്യാസ അപനയം കുറു ശരീരം പ്രാരബ്ദത്തിനനുസരിച്ച് എവിടെ എവിടെ ഇരിക്കണോ എങ്ങനെങ്ങനെ ഇരിക്കണോ അത് ഒഴുകും നമുക്ക് തന്നെ കാണാം അതൊരു വശത്ത് ഒഴുകുന്നത് ഒരു രീതിയിൽ പോകുന്നത് ആ പ്രാരബ്ധത്തിനനുസരിച്ച് ശരീരം എവിടെ വേണമെങ്കിൽ എങ്ങനെ വേണമെങ്കിൽ ഇരിക്കട്ടെ ശ്രദ്ധയെ ശരീരത്തിൽ വിട്ട് എനർജി വേസ്റ്റ് ചെയ്യേണ്ട ശ്രദ്ധയെ സ്വരൂപത്തിലേക്ക് തിരിച്ചുവിടുക തന്റെ യഥാർത്ഥ സ്വരൂപത്തിലേക്ക് തിരിച്ചുവിട്ടാൽ നമ്മളെപ്പോഴും സ്വതന്ത്രരാണ് ശരീരത്തിനെ മാറ്റിമറിക്കുന്നത് കൊണ്ട് സ്വാതന്ത്ര്യം ഉണ്ടാവില്ല നമ്മൾ അതിൽ പെട്ടുപോകും ഒരാൾ രമണ മഹർഷിയോട് ചോദിച്ചു ഗൃഹസ്ഥൻ സ്വാമി ഗൃഹസ്ഥാശ്രമത്തിലും വല്ലാത്ത ബുദ്ധിമുട്ട് ഞാൻ സന്യാസം എടുക്കട്ടെ അപ്പൊ മഹർഷി ചോദിച്ചു സന്യാസം എന്തിനാണ് എടുക്കുന്നത് ജ്ഞാനം ജ്ഞാനം എന്ന് വെച്ചാൽ എന്താ ഇപ്പോ നീ വിചാരിക്കണു ഞാൻ ഗൃഹസ്ഥനാണെന്ന് അപ്പോൾ അതായത് ഞാൻ ശരീരമാണ് ശരീരത്തിനെയാണല്ലോ ഇപ്പൊ ഗൃഹസ്ഥൻ എന്ന് വിളിക്കണത് ഇനി നീ സന്യാസമെടുത്താൽ ഞാൻ സന്യാസിയാണെന്ന് വിചാരിക്കും അവിടെ ശരീരത്തിനെയാണ് നീ സന്യാസി വിളിക്കാൻ പോണത് രണ്ടിടത്തും ഞാൻ ശരീരമാണെന്നുള്ള അഭിമാനം ഒരേപോലെ ഇരിക്കണു അപ്പോൾ നനക്ക് രക്ഷ യഥാർത്ഥത്തിൽ സന്യാസം എന്താണ് ദേഹം ഞാനല്ല എന്ന് ദേഹാത്മഭാവനയെ സന്യസിച്ചാൽ ജ്ഞാനസ്വരൂപമായി സന്യാസം ഹൃദയത്തിൽ പ്രകാശിക്കും അതിനെ ചിലർക്ക് പ്രാരബ്ധത്തിനനുസരിച്ച് ഭഗവാൻ തന്നെ സന്യാസമാർഗത്തിന് തുറന്നു കൊടുക്കും ലോകമംഗലത്തിനായിക്കൊണ്ട് അപ്പോ സന്യാസം അവർക്ക് വിധിക്കപ്പെട്ടിരിക്കണമെങ്കിൽ സന്യാസം ഗൃഹസ്ഥാശ്രമമെങ്കിൽ ഗൃഹസ്ഥാശ്രമം ഇപ്പൊ ഇവിടെ പ്രിയവർത്തനോട് ഭഗവാൻ പറഞ്ഞു ഭഗവാൻ നമ്മളെ എങ്ങനെ ഇരിക്കണം എന്ന് നിയമിച്ചിരിക്കുന്നു അതിനെതിരായിട്ട് ഒരാൾക്കും തപസ്സുകൊണ്ടോ അറിവുകൊണ്ടോ യോഗവീര്യം അല്ല ബുദ്ധി കുശലത കൊണ്ടോ ധനം കൊണ്ടോ ധർമ്മം കൊണ്ടോ സാധ്യമല്ല എന്നാണ് നശിത് തപസാ വിദ്യയാവവീര്യേണ മനീഷയാ നവ അർത്ഥ ഇല്ല മറ്റാരെങ്കിലും സഹായിച്ചിട്ട് സാധ്യമല്ല പരത സ്വോവാ കൂതം കൃതം വിഹന്തും തനുഭൃത് വിഭൂയാത് ശരീരം ഉള്ളത്തോളം കാലം അതാണ് അവിടെ തനുഭൃത് എന്ന ഒരു വാക്കുകൊണ്ടെന്ന് വെച്ചു ശരീരം ഉള്ളത്തോളം കാലം യോഗശക്തി കൊണ്ടോ തപസ്സുകൊണ്ടോ അറിവ് കൊണ്ടോ വീര്യം കൊണ്ടോ ജ്ഞാനം കൊണ്ടോ ഈ ശരീരത്തിനെ ഒരു തരത്തിലുള്ളതിനെ മറ്റൊരു തരത്തിലാക്കാൻ പറ്റില്ല ആക്കണ്ട അതങ്ങനെ ആക്കി തീർക്കേണ്ട ആവശ്യവുമില്ല അതുകൊണ്ട് ഹേ പ്രിയവ്രത ഭഗവാന്റെ ഇച്ഛയ്ക്ക് വഴങ്ങിക്കൊടുത്ത് സൗഖ്യമായിട്ടിരിക്കാം ട്രെയിനിൽ പോണ ആള് അല്ലെങ്കിൽ ഒരു വണ്ടിയിൽ പോണ ആള് തന്റെ ചുമട് തലയിൽ വെച്ചുകൊണ്ടിരിക്കണം വണ്ടിയിൽ വെച്ചിട്ട് സൗഖ്യമായിട്ടിരുന്നു ഇവിടെ എന്റെ ചുമട് ഞാൻ വഹിച്ചോളാം വണ്ടി വേണ്ട ഞാൻ തൂക്കിക്കൊള്ളാന്ന് പറഞ്ഞാൽ താൻ ചുമട് വെച്ചാലും ചുവട്ടിൽ വെച്ചാലും വണ്ടിയാണ് വഹിക്കണത് സുഖമായി ആ ചുമട അവിടെ വെച്ചിട്ട് ഇറക്കിവെച്ച് സ്വതന്ത്രമായി ഇരുന്നൂടെ സകലതും ഒരു പരമേശ്വര ശക്തി നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് അറിഞ്ഞ് അടങ്ങിയിരിക്ക ജീവൻ മുക്തനായ പുരുഷനാണെങ്കിലും ശരി മുക്തോപിതം ആരബ്ധം അശ്നന് അഭിമാനശൂന്യം ജീവൻ മുക്തനാണെങ്കിലും വിപ്രിയാത് സ്വദേഹം അയാളും ശരീരം ദഹിച്ചുകൊണ്ടിരിക്കുന്നിടത്തോളം പ്രാരബ്ധം അശ്നന്ന് പ്രാരബ്ധത്തിന് പ്രാരബ്ധെന്ന് വെച്ചാൽ പ്രകർഷേണ ആരബ്ധമാണ് പ്രാരബ്ധം നമുക്ക് മൂന്ന് അമ്പുണ്ടെന്ന് വെച്ചോളൂ കയ്യിൽ ഒരസ്ത്രം ആവനാഴിയിലുണ്ട് ഒരസ്ത്രം ബില്ലിൽ വെച്ച് വലിച്ചിരിക്കണം ഒരസ്ത്രം വിട്ടു കഴിഞ്ഞു ഇതിലെ ആവനാഴിയിലുള്ളതാണ് സഞ്ചിതം ബില്ലിൽ വെച്ച് വലിച്ചതാണ് ആഗാമി വിട്ടുകഴിഞ്ഞതാണ് പ്രാരബ്ധം ഈ വിട്ടുകഴിഞ്ഞത് തിരിച്ചെടുക്കാൻ പറ്റില്ല ആവനാഴിയിലുള്ളത് ഉപയോഗിക്കാതെ നശിപ്പിച്ച് കളയാം വില്ലിൽ വെച്ച് വലിച്ചതും നശിപ്പിച്ചു കളയാം പക്ഷെ വലിച്ചു വിട്ടുകഴിഞ്ഞത് തിരിച്ചെടുക്കാൻ നോക്കില്ല അത് പ്രാരബ്ധം അതുപോലെയാണ് ഈ മൂന്ന് കർമ്മങ്ങളും നമുക്ക് സഞ്ചിതം നമ്മൾ അറിയാതെ അടങ്ങിക്കിടക്കുന്ന കർമ്മങ്ങളുണ്ട് ഇനി ചെയ്യാൻ സാധ്യതയുള്ള ചില കർമ്മങ്ങളൊക്കെ നമ്മളുടെ ഉള്ളിൽ വാസന രൂപത്തിലും ആഗ്രഹങ്ങളുടെ രൂപത്തിലും അവിടെവിടെ കിടക്കുന്നത് കാണാം പ്രാരബ്ധമായി മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു കഴിഞ്ഞ് ചിലത് കാണാം ഇപ്പൊ ഈ ശരീരം തന്നെ പ്രാരബ്ധമായി പ്രത്യക്ഷപ്പെട്ടതാണ് ഏതോ പൂർവജന്മത്തിൽ ഇന്ന രീതിയിൽ ഒരു ശരീരം വേണം എന്ന വാസന പ്രബലമായതിനനുസരിച്ച് ഈ ശരീര രൂപം പൂട്ട് വന്നിരിക്കണു ഇനിയൊന്നും ചെയ്യാൻ പറ്റില്ല അതിനെ ഇത്ര വ്യക്തമായ ശാസ്ത്രം നോക്കൂ ഇത്ര വ്യക്തമായ ശാസ്ത്രം നമുക്ക് ഋഷികൾ തന്നിട്ടും അതൊന്നും ഉപയോഗിക്കാതെ ഹൈഡ്രജൻ പ്ലസ് ഓക്സിജൻ വാട്ടർ എന്ന് പറഞ്ഞ് കാണാപ്പാടാൻ പഠിച്ചുകൊണ്ട് ഒരു വിധത്തിലും നമുക്ക് പ്രയോജനപ്പെടാത്ത വിദ്യയിലാണ് നമ്മളുടെ ശ്രദ്ധ മുഴുവൻ തുടങ്ങിക്കഴിഞ്ഞ കാര്യമാണ് പ്രാരബ്ദം ശരി അപ്പൊ പ്രാരബ്ദം തുടങ്ങിക്കഴിഞ്ഞതാണെങ്കിൽ എനിക്കവിടെ രക്ഷ അപ്പൊ പ്രാരബ്ദം അനുഭവിക്കുകയേ നിവൃത്തിയുള്ളൂ പിന്നെ എന്തിനായി വേദാന്തം എന്ന് ചോദിച്ചാൽ ശങ്കരാചാര്യർ പറഞ്ഞു നീ ഒരു കാര്യം അമ്പ് വിട്ടുകഴിഞ്ഞു കാര്യം ശരി പക്ഷെ അമ്പിന് ഒരു ലക്ഷ്യം വെച്ചിട്ടാണ് അമ്പ് വിട്ടത് ആ ലക്ഷ്യത്തിനെ അവിടുന്ന് എടുത്തു മാറ്റിയാൽ ഈ അമ്പ് എവിടെ പോയി അമ്പിനെ തിരിച്ചെടുക്കേണ്ട അമ്പിനെ കൊള്ളാനൊരു ലക്ഷ്യമില്ലെങ്കിൽ പുഷ്പം പോലെ പോയി വീഴും അല്ലേ കുറെ ദൂരം പോയി അതിന്റെ മൊമെന്റം കഴിഞ്ഞ് അവിടെ വീഴും ആ ലക്ഷ്യം എന്താ പ്രാരബ്ധം അനുഭവിക്കാനുള്ള ലക്ഷ്യം എന്താ അഹങ്കാരമാണ് അഹങ്കാരം ഉണ്ടെങ്കിലേ ഈ അനുഭവത്തിന്റെ ബലം ബലമുണ്ടാവുള്ളൂ അഹങ്കാരമില്ലെങ്കിൽ എന്ത് അനുഭവം വന്നാലും ഇന്നലെ പറഞ്ഞ പോലെ പല്ലിയുടെ വാല് പടയണത് പല്ലി കണ്ടുകൊണ്ടിരിക്കുന്ന പോലെ തന്നെ തന്റെ ഉള്ളിലുള്ള അനുഭവത്തിനെ താൻ കണ്ടുകൊണ്ടിരിക്കും ഒന്നിനും തനിക്ക് റിയാക്ഷൻ ഇല്ല ഇതിങ്ങനെ വരാൻ പാടില്ല എന്നില്ല ഇങ്ങനെ വന്നു എന്നുള്ള വിഷമല്ല ആരബ്ദം അശ്നന് അഭിമാനശൂന്യം നാൻ അനുഭവിക്കേൻക അഭിമാനം ഇല്ലാ ജീവൻ മുക്താളായിരുന്നാലും കൂടെ പ്രാരബ്ധത്തെ അനുഭവിച്ചേ ആകണം അവിടെ ജ്ഞാനത്തെ അടയാതവാളായിരുന്നാൽ കാട്ടില പോയിക്കാതിരുന്നാലും ഭയം എടുക്ക വനം പ്രമത്ത വനേഷു അഭി ഭയം ിയഹം ഇല്ലാതവൻ കാട്ടിലെ പോയി ഉടക്കാൻ അവൻ അങ്ങേ സങ്കല്പത്തിനാലേ ഏതാവ ഉണ്ടാക്കി അങ്ങ് അനുഭവിപ്പാ നമ്മ ഹിമലയത്തിലെ പോയി യാത്ര പണി എങ്കിലും ഗുഹയിലെല്ലാം ആശ്രമങ്ങളെല്ലാം പോയി പാരു അങ്ങനെ അവാവാളോട് വാസന ഒന്നും പോവില്ലേ തരും നമുക്ക് ഒരു പരി മഹാത്മാർ ഗുഹ അങ്ങയെല്ല ഇപ്പൊ യാറോ സാധുക്കൾ ഇക്കാ അങ്ങോ അത് ടിവി വെച്ചിട്ട് ഉറക്കാൻ നമുക്ക് വാസനയിൽ ഇരുക്കാനാ പ്രബലമാണന ഇരിക്കാന കാട്ടു പോന്നാലും മാട്ടിപ്പോ വനേ ഭയം പ്രമത്ത വനേഷവു സാത് യേ സഹസിത്രി ആത്മരത്തെബുധ ഗൃഹാശ്രമ കിം നു കവദ്യം ഇന്ദ്രിയ നിഗ്രഹം ഇല്ലാത്ത ആൾക്ക് വാസനാക്ഷയം വരാത്ത ആൾക്ക് കാട്ടിൽ ചെന്നിരുന്നാലും ഭയം സാദ് അവിടെയും വിഷയങ്ങളെക്കുറിച്ചുള്ള പേടിയുണ്ടാവും എന്താ വിഷയം പുറത്തില്ലല്ലോ ഉള്ളിലാണല്ലോ ചെറിയ കുട്ടികൾക്ക് ഇല്ല ചെറിയ കുട്ടികൾക്ക് അവർക്ക് വാസനകളൊന്നും പ്രബലമാവാത്തത് കൊണ്ട് വിഷയങ്ങളെക്കുറിച്ചുള്ള പേടിയില്ല വയസ്സാവും ആ ഭയം എവിടെ നിന്ന് നമ്മളുടെ ഉള്ളിലുള്ള വാസന അപ്പൊ കാട്ടിൽ ചെന്നിരുന്നാലും രക്ഷയില്ല എന്നാൽ യ ഷപദ്ധിഗീഷമാണ് അഹം ഗൃഹേഷു നിർവിശ്യ യഥേതപൂർവം അത്യേതി ദുർഗാശ്രിത ഊർജിതാരീൻ ക്ഷീണേഷു കാമം വിചരേത് വിപശിത് നല്ല ഉപദേശം ആദ്യം ഗൃഹവും മറ്റുമൊക്കെ ഉപേക്ഷിച്ച് പുറത്തേക്ക് ഇറങ്ങിയാൽ അതിനെവിടെ ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നത് കോട്ടയ്ക്ക് പുറത്തു വന്ന് ശത്രുക്കളോട് യുദ്ധം ചെയ്യണ പോലെയാണെന്ന് കോട്ടയ്ക്ക് അകത്ത് ഇരുന്നു കൊണ്ട് യുദ്ധം ചെയ്യുമ്പോൾ ഒരു വശത്ത് മാത്രമേ യുദ്ധം ചെയ്യേണ്ടൂ കോട്ട ഇവർക്ക് ആക്രമണം വരാതെ ഇവരെ രക്ഷിച്ചുകൊള്ളൂ പക്ഷെ കോട്ടയ്ക്ക് പുറത്തു വന്ന് യുദ്ധം ചെയ്യുമ്പോൾ എല്ലാ വശത്തു നിന്നുള്ള ആക്രമണങ്ങൾക്ക് ഇവർ വിധേയമാവും അതുപോലെ പക്വമാവുന്നതിന് മുമ്പ് പുറത്തിറങ്ങി വന്നാൽ എല്ലാവിധ വിഷയങ്ങളുടെ നടുവിലും കുടുങ്ങി എല്ലാ സ്ഥലങ്ങളിൽ നിന്നും എല്ലാ വശങ്ങളിൽ ആക്രമണം ഉണ്ടാവും അതുകൊണ്ട് തനിക്ക് ജ്ഞാനം വേണമെങ്കിൽ ഭഗവത് പ്രാപ്തി വേണമെങ്കിൽ താൻ ഇരിക്കുന്നത് ഇപ്പൊ ഗൃഹസ്ഥാശ്രമത്തിലാണോ അവിടെ ഇരുന്നുകൊണ്ട് തന്നെ ആരംഭിക്കാം തപസ് ചെയ്യാനോ ഭഗവത് ആരാധന ചെയ്യാനോ ഏറ്റവും നല്ല സ്ഥലം ഏതാണെന്ന് വെച്ചാൽ ഇത് ഏറ്റവും നല്ല സമയം ഇപ്പോ ഇഹ ചേത് അവേദീ അഥ സത്യമസ്തി നച്ചേത് ഇഹ അവേദീൻ മഹതീ വിനഷ്ടി ഇവിടെ ഇപ്പോൾ അറിയുക എന്ന് എവിടെ ഭഗവാൻ നമ്മൾ വെച്ചിരിക്കണമോ ഏത് സ്ഥലത്ത് അതാണ് മാർജാത കിശോര ന്യായം പൂച്ചക്കുട്ടി കിടക്കുന്ന സ്ഥലത്ത് തള്ളപ്പൂച്ച എവിടെ വെച്ചോ അവിടെ കിടന്ന യാവും യാവും യാവും യാവും കരഞ്ഞുകൊണ്ടിരിക്കും കുട്ടിക്കുരങ്ങ് അമ്മയെ വിടാതെ പിടിച്ചോളും തള്ളക്കുരങ്ങനെ പിടിച്ചോളും പൂച്ചക്കുട്ടിയെ തള്ളപ്പൂച്ച എവിടെ വെച്ചോ പൂച്ചക്കുട്ടി തള്ളപ്പൂച്ചയുടെ പുറകെ ഒന്നും പോകില്ല അത് വെച്ചിരിക്കുന്ന സ്ഥലത്തിരുന്ന് തള്ളപ്പൂച്ചയെ വിളിച്ച് കരഞ്ഞുകൊണ്ടിരിക്കും ഇതാണ് ഭക്തന്റെ ഭാവം ൃഹസ്ഥാശ്രമമോ ബ്രഹ്മചര്യാശ്രമമോ पुनरपि वनेवा വനീവ जलेवा ആവട്ടെ ഗുഹ वसदे പുനരപി വനേ വദ്രിശിഖരേ ജലേ വന്ൗ വസതു വസദേല സദൈ യമഭോ തവപദേ സ്ഥിതശേത് യോഗോധ സ ച പരമയോഗീ സ ചുഖീ तदितरो नरो वा, भवतु വടുർവാ ഗേഹീ യു ജീവാ തതിതരോ നരോ വശിത്വം തേനത്തിദീയം ഹൃത്പത്മം അധീനം പശുപത്തെ തദീയ ത്വം ശംഭോഭവസിഭാരം ചവാട ശിവാനന്ദനഹരിയ അവൻ ഗൃഹസ്ഥനായിരിക്കട്ടെ ബ്രഹ്മചാരിയായിരിക്കട്ടെ സന്യാസിയായിരിക്കട്ടെ ഗുഹയിൽ താമസിക്കട്ടെ അല്ല പട്ടണത്തിൽ താമസിക്കട്ടെ ആശ്രമത്തിൽ താമസിക്കട്ടെ സമുദ്രത്തിനുള്ളിൽ എവിടെയാണെങ്കിലും ശരി ആരുടെ ഹൃദയം ഭഗവത് സ്മൃതിയിലേ ഇരിക്കണോ ഭഗവാൻ അവന്റെ അടം ഭഗവാൻ അവന് സ്വന്തമായിട്ട് തീരുന്നു എന്നർത്ഥം ഭഗവാൻ അവന് സ്വന്തമായിട്ട് തീരുന്നു അവന് സദാ ഭഗവത് പ്രാപ്തി ഉണ്ടാവണു അതുകൊണ്ട് എനിക്ക് ഒരു നല്ല സമയം വന്നിട്ട് ഞാൻ ഭഗവത് ഭജനം ചെയ്യാം എന്ന് പറഞ്ഞിരിക്കണ്ട സമയം വരികയില്ല ആ കാലം വരികയില്ല ചിലർ പറഞ്ഞു റിട്ടയർ ആയ ശേഷം ഞാൻ ഗുരുവായൂരിൽ ഒരു ഫ്ലാറ്റ് എടുത്തു വെച്ചിട്ടുണ്ട് റിട്ടയർ ആയ ശേഷം ഞാൻ അവിടെ വന്നിരുന്നു ഗുരുവായൂരപ്പനെ ഭജിക്കും ദിവസം ആ ഫ്ളാറ്റ് പലർക്കും ഉപയോഗപ്പെടും ഇവർ വരികയില്ല ധാരാളം ഉണ്ടാവും അങ്ങനത്തെ ആളുകൾ പലർക്കും അത് ഉപയോഗപ്പെടരുത് അപ്പോ അങ്ങനെ ഗുരുവായൂർ വന്നിട്ട് തന്നെ വേണമെന്നൊന്നുമില്ല നമ്മളുടെ പ്രാരബ്ധം വേറെ എവിടെയെങ്കിലും കിടക്കുകയാണെങ്കിൽ അവിടെ കിടന്നുകൊണ്ട് ഗുരുവായൂരപ്പനെ പിടിച്ചോളൂ മറക്കാൻ പാടില്ല ഗുരുവായൂർ വന്ന് ഇരുന്നിട്ട് ഗുരുവായൂരൂപ്പനെ വിട്ടുകളയുന്നതിനെക്കാളും വേറെ എവിടെയെങ്കിലും ഇരുന്നുകൊണ്ട് ഗുരുവായൂരപ്പനെ ഹൃദയത്തിൽ പിടിച്ചാലും ഗുരുവായൂരൂപ്പൻ നമ്മളുടെ അടുത്തേക്ക് വരും അപ്പൊ സമയം നോക്കിക്കൊണ്ടിരിക്കേണ്ട പ്രാരബ്ധത്തിനോട് ശണ്ട കൂടാൻ പോണ്ട പ്രിയവർദ്ധനുള്ള മുഖ്യ ഉപദേശപതാണ് പ്രാരബ്ധം അങ്ങയ്ക്ക് ഗൃഹസ്ഥാശ്രമ പ്രാരബ്ധമാണ് അവിടെ തന്നെ ഇരിക്കുക അജ്ഞാനത്തോടുകൂടെ ഗൃഹസ്ഥാശ്രമത്തിൽ പ്രവേശിച്ചാൽ ഗൃഹസ്ഥാശ്രമം അത് വിഷമായിട്ട് തീരുമാത്രം നല്ലവണ്ണം പിടിക്കപ്പെടും എന്നാണ് അതിനകത്ത് അന്ധകൂപം പൊട്ടക്കിണർ എന്നാണ് പറയുന്നത് ഗൃഹസ്ഥാശ്രമത്തിന് അജ്ഞാനത്തോടുകൂടെ അതിനകത്തേക്ക് പ്രവേശിച്ചാൽ പൊട്ടക്കിണറ്റിൽ വീണുപോലെയാവും അങ്ങനെ ഒരു വാദം ഉന്നയിക്കുകയാണെങ്കിൽ അത് സന്യാസാശ്രമത്തിനും ചേരും അജ്ഞാനത്തോടുകൂടെ സന്യാസാശ്രമത്തിലേക്ക് പ്രവേശാൽ ഇതിനേക്കാളും അപകടമാവും എനിക്ക് രണ്ടു ആളുകളുമായിട്ട് പരിചയമുണ്ടേ ഇവിടെ എത്ര കുഴപ്പമുണ്ടോ അത്ര കുഴപ്പം അവിടെയുണ്ട് എന്താണെന്ന് വെച്ചാൽ കുഴപ്പം വസ്ത്രത്തിലോ പേരിലോ ഒന്നും അല്ലേ കുഴപ്പം ഉള്ളിലാണേ ബാഹ്യദൃഷ്ടിയിലാണ് നമ്മൾ ഇയാൾ ഇങ്ങനെ അയാൾ അങ്ങനെ ഒക്കെ പറയണത് എത്ര ആളുകൾ സന്യാസികളെ തന്നെ പറഞ്ഞുണ്ടറിയോ വേണ്ടി കിടന്നില്ല എന്നാണ് ഇനിയിപ്പോ നിവൃത്തിയില്ലല്ലോ മുഖ്യം ജ്ഞാനമാണെന്ന് അറിയാം ജ്ഞാനം ഉള്ളിൽ പ്രകാശിച്ച് പൂർണ്ണമായി ഒരുപക്ഷെ അയാൾക്ക് സന്യാസാശ്രമത്തിനുള്ള അധികാരമുണ്ടെങ്കിൽ ലോകത്തിന് മുഴുവൻ അനുഗ്രഹം ഉണ്ടാവും അങ്ങനെയുള്ള മഹാത്മാവിനെ കൊണ്ട് മാത്രമല്ല സന്യാസത്തിൽ അഭിമാനവും ഉണ്ടാവില്ല ഞാൻ സന്യാസിയാണെന്നുള്ള അഭിമാനവും ഉണ്ടാവില്ല ഒരുപക്ഷേ അയാളുടെ പ്രാരബ്ദം ഗൃഹസ്ഥാശ്രമത്തിലാണെങ്കിൽ ആ ജ്ഞാനം ഉള്ളിലുണ്ടെങ്കിൽ ഗൃഹസ്ഥാശ്രമത്തിൽ സാധാരണ ഉണ്ടാവുന്ന അനേക ബുദ്ധിമുട്ടുകൾ വിഷമങ്ങൾ അയാളെ ബാധിക്കാതെ രക്ഷപ്പെടാൻ പറ്റും അതുകൊണ്ട് പ്രിയവ്രതനോട് ഭഗവാൻ പറഞ്ഞു നീ ഗൃഹസ്ഥാശ്രമിയാണെന്ന് വിചാരിച്ച് വിഷമിക്കണ്ട ഭഗവത് ഭജനം ചെയ്ത് ശുദ്ധമാക്കി ഉള്ളിലുള്ള കാമം നിശേഷം അകന്നു കിട്ടിയാൽ സ്വതന്ത്രമായി ഇറങ്ങി പുറപ്പെട്ടുള്ള ക്ഷീണേഷു കാമം വിചരേത്ത് വിപശി ഉള്ളിലുള്ള ആഗ്രഹം പൂർണ്ണമായി നീങ്ങിക്കിട്ടിയാൽ അങ്ങോട്ട് ഇറങ്ങി നടന്നൂടാ സ്വതന്ത്രമായിട്ട് യാതൊരു ഇനി ഒരിടത്തും താങ്കൾക്ക് ഒരുവിധ വിഘ്നവും ഉണ്ടാവില്ല ആരിൽ നിന്നും അങ്ങേക്ക് ഭയപ്പെടാനില്ല സഞ്ചരിച്ചൂട അതുവരെ അവനവന്റെ പ്രാരബ്ധം എന്താണെന്നും സ്വധർമ്മം എന്താണെന്നും അറിഞ്ഞ് ആ സ്വധർമ്മത്തിനെ അനുഷ്ഠിക്കുക എന്ന് ഉപദേശിച്ചു ബ്രഹ്മാവ് അതിനനുസരിച്ച് പ്രിയവർദ്ധൻ രാജാവായി രാജ്യഭരണം നടത്തി ഗൃഹസ്ഥാശ്രമിയായി പക്ഷേ സദാ ജ്ഞാനസ്ഥിതിയിൽ ഇരുന്നു കൊണ്ടിരുന്നു പ്രിയവർദ്ധൻ ചെയ്ത കർമ്മം ആർക്കും ചെയ്യാൻ സാധ്യമല്ല എന്ന് എന്താ ചെയ്തതെന്ന് വെച്ചാൽ സമുദ്രഖനനം മുതലായിട്ടുള്ളതൊക്കെ പ്രിയവർദ്ധന്റെ രഥചക്രങ്ങൾ കൊണ്ട് ഉണ്ടായി എന്നാണ് സമുദ്രങ്ങളൊക്കെ അങ്ങനെ പ്രിയവ്രത ചരിത്രം പറഞ്ഞു ആ വംശത്തിൽ നാഭി എന്നൊരു രാജാവ് വന്നു ഒരു പുത്രൻ ഉണ്ടാവണം എന്നാഗ്രഹം ഭഗവാന്റെ സമാനമായ ഒരു പുത്രൻ ഉണ്ടാവണം എന്ന് നാഭിക്ക് ആഗ്രഹം നാഭി ഭഗവാനെ ആരാധിച്ചു ഭഗവാനോട് പറഞ്ഞു ഭഗവാനെ അങ്ങേപോലെ തന്നെ ഒരു പുത്രൻ എനിക്ക് വേണം ഭഗവാൻ പറഞ്ഞു എനിക്ക് സമമായിട്ട് ഞാനേ ഉള്ളൂ ഞാൻ തന്നെ വരാം അങ്ങനെ ഭഗവത് അംശമായ ഋഷഭയോഗീശ്വരൻ നാഭിയുടെ പുത്രനായി ജനിച്ചു ഭഗവാൻ ഗീതയില് കർമ്മനൈവി സംസിദ്ധ്യം ആസ്ഥിതാഹ ജനകാദയഹ കർമ്മയോഗത്തിന് ഇരുന്നുകൊണ്ട് എന്ന് വെച്ചാൽ കർമ്മയോഗം എന്ന് വെച്ചപ്പോൾ നമ്മളുടെ സാധാരണ ഒരു ഗൃഹസ്ഥന്റെ കർമ്മയോഗം എത്ര തന്നെ ഉണ്ട് അവനവന്റെ കുടുംബം നോക്കുക ഓഫീസ് ജോലി ചെയ്യുക അല്ലെങ്കിൽ അവരവരുടെ എന്താ പ്രവൃത്തി എന്ന് വെച്ചാൽ അത് ചെയ്യുക ഒരു ചെറിയ വട്ടം ആ വട്ടത്തിൽ ഇരുന്നു കൊണ്ട് ഒരാൾ കർമ്മയോഗിയായിരിക്കണമെന്ന് വെച്ചാൽ നല്ലതാണ് പക്ഷെ അതിൽ വലിയൊരു ശ്രേഷ്ഠിയൊന്നുമില്ല അതിപ്പോ എളുപ്പകാര്യം പക്ഷെ ഒരു ചക്രവർത്തി ആയിരുന്നു മഹാത്മാഗാന്ധി രാഷ്ട്രീയത്തിന്റെ നടുവിലാണ് അധ്യാത്മ അധ്യാത്മ നിന്നത് രാഷ്ട്രീയത്തിന്റെ നടുവിലിരുന്നു കൊണ്ട് ഭക്തി ഞാനും ഒക്കെ വെച്ചാൽ സാധ്യമാവാത്ത കാര്യമാണ് അങ്ങനെയുള്ള ആളുകളെ ഭഗവാൻ ജനകൻ മുതലായിട്ടുള്ളവർ എന്ന് പറഞ്ഞു ജനകൻ അതിന് മുഖ്യ ഉദാഹരണമായതുകൊണ്ട് ജനകനെ ആദ്യ എടുത്തു പറഞ്ഞു പിന്നെ ആരായി മുതലായിട്ടുള്ളവർ എക്സെട്ര ആരാണ് വെച്ചാൽ അംബരീഷൻ ഋഷഭയോഗീശ്വർ ഭാഗവതത്തിലുള്ള ഈ ഉദാഹരണങ്ങളൊക്കെ എടുക്കണം പൃഥു ഇവരൊക്കെ എടുക്കണം ഋഷഭയോഗീശ്വർ അദ്ദേഹം രാജാവായിരിക്കുമ്പോൾ തന്നെ യോഗിയാണ് രാജാവുമാണ് യോഗിയുമാണ് ജനകൻ ജ്ഞാനപ്രധാനിയാണ് അംബരീഷൻ ഭക്തിപ്രധാനിയാണ് ഋഷഭയോഗീശ്വരൻ യോഗപ്രധാനിയാണ് അദ്ദേഹം രാജാവായിരിക്കുമ്പോൾ തന്നെ യോഗിയാണ് ഒരിക്കൽ മഴ പെയ്തില്ല കുറെ കാലം ഇന്ദ്രനോട് പൂജയൊക്കെ യാഗമൊക്കെ ചെയ്ത് നോക്കി എന്നിട്ട് ഇന്ദ്രൻ നോക്കട്ടെ അദ്ദേഹത്തിന്റെ യോഗശക്തി എന്ന് പറഞ്ഞു അദ്ദേഹം യോഗശക്തി കൊണ്ട് എന്നാൽ എന്ന് പറഞ്ഞു നല്ലവണ്ണം മഴ പെയ്തു എത്ര അദ്ദേഹത്തിന് നൂറ് നൂറ് പുത്രന്മാർ എവിടുന്ന് ജനിച്ചു ഹൃദയേന ജാതാഹ ഭാവമണ്ഡലത്തിൽ യോഗശക്തി കൊണ്ട് തന്നെ അവർക്ക് അദ്ദേഹത്തിന് നൂറ് പുത്രന്മാർ ജനിച്ചു അവർ യോഗശക്തി കൊണ്ട് ജനിച്ചു എന്നൊക്കെ പറഞ്ഞാൽ അതെങ്ങനെ വിശ്വസിക്കാം എന്നുവെച്ചാൽ അവരുടെ ലക്ഷണം കണ്ടും മനസ്സിലാക്കി കൊടുക്കുന്നു ഈ നൂറിൽ എൺപത്തിയൊന്ന് പേർ തപസ്സ് ചെയ്ത് ക്ഷാത്രധർമ്മത്തിൽ നിന്നും ബ്രാഹ്മണധർമ്മത്തിലേക്ക് വന്നു ബ്രാഹ്മണരായിട്ട് തീർന്നു തപസ്സുകൊണ്ട് ഒമ്പത് പേര് ചക്രവർത്തികളായി ഒരാള് ഭരതൻ മറ്റു ഒമ്പത് പേർ അവധൂതന്മാരായി ജീവൻ മുക്തന്മാരായി യോഗികളായി ലോകമംഗളത്തിനായി ഈ ലോകത്തിൽ മാത്രമല്ല അവ്യാഹത്തെഷ്ടയ സുരസിദ്ധ സാധ്യ ഗന്ധർവയക്ഷ നര കിന്നര നാഗലോകാന് മുക്താഹരന്തി മുനിചാരണ ഭൂതനാഥ വിദ്യാധര ദ്വിജഗവാംഭുവനാനി കാമം ഏത് ലോകത്തിലും സഞ്ചരിക്കാം അങ്ങനെ കവി ഹരി അന്തരീക്ഷൻ പ്രബുദ്ധൻ പിപ്പലായനൻ ആവിർഹോത്രൻ ദ്രുവിളൻ ചമസൻ കരഭാതനൻ എന്ന ഒമ്പത് യോഗികൾ ഈ നവയോഗികൾ ഏകാദശത്തിൽ ഇവരുടെ കഥ വരും ഇങ്ങനെ നൂറുപേർ ഇതിൽ ഈ നൂറുപേരിൽ നൂറുപേരും പുത്രന്മാരായി ജനിച്ചു ഋഷഭയോഗീശ്വരൻ രാജ്യഭരണമൊക്കെ ഭംഗിയായി നടത്തി കുറെ കാലം കഴിഞ്ഞു അദ്ദേഹത്തിന് വാർത്തയ്ക്ക് ആവാറായപ്പോ രാജ്യഭരണമൊക്കെ ഭരതനെ ഏൽപ്പിച്ച് ബാക്കി ഒമ്പത് മക്കൾക്കും അതാത് സ്ഥാനങ്ങൾ കൊടുത്തു ഈ അവധൂതന്മാരോടൊന്ന് ഇറങ്ങി പുറപ്പെടും ഋഷഭയോഗീശ്വരന് അരമനയിലിരിക്കുമ്പോൾ തന്നെ കൊട്ടാരത്തിലിരിക്കുമ്പോൾ തന്നെ യോഗലക്ഷണങ്ങളൊക്കെ കണ്ടു തുടങ്ങി ജന്മനാ തന്നെ ഭഗവത്ഭാവത്തോടുകൂടിയാണ് ജനിച്ചിരിക്കുന്നത് ഉത്പത്തിയൈവ അഭിവജ്യമാണ് ഭഗവത് ലക്ഷണം ജനിക്കുമ്പോൾ തന്നെ ഭഗവത് ലക്ഷണത്തോടുകൂടിയാണ് പക്ഷേ ചക്രവർത്തിയായി തന്റെ രാജ്യകാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടത്തി ഒന്നും കുറവില്ല ഒക്കെ ഭംഗിയായി നടത്തിയ ശേഷം പതുക്കെ പതുക്കെ അദ്ദേഹത്തിൽ അവധൂത ഭാവങ്ങളൊക്കെ കണ്ടു തുടങ്ങി അവധൂത ഭാവം എന്താ ശരീരം ഉണ്ടോ എന്ന് പോലും അറിയാതെ നടക്കുക ഭാഗവതൻ തന്നെ ഈ മധുരാപാനം ചെയ്ത ആള് ലഹരി പദാർത്ഥം കഴിച്ച ആള് ഉടുത്തിരിക്കുന്ന വസ്ത്രം എവിടെയെങ്കിലും അഴിഞ്ഞു വീണാ അറിയില്ല മധുരാമതാന്താണ് മധുരാമദാന്തനായ ആൾക്ക് ഉടുത്തിരിക്കുന്ന വസ്ത്രം എവിടെയെങ്കിലും കഴിഞ്ഞ് വീണ അറിയില്ല അതുപോലെ യോഗിക്ക് ആ ഭഗവത് ആനന്ദത്തിൽ രമിച്ചിരിക്കുന്ന യോഗിക്ക് ശരീരം ഉണ്ടോ വീണുപോയോ എന്ന് അറിയില്ല മറ്റൊരു ഉദാഹരണം പറയും പശുവിന്റെ കഴുത്തിൽ കെട്ടിക്കൊടുത്ത മാല ചിലപ്പോ പശുവിനെ പൂജിക്കാൻ ഗോപൂജയ്ക്ക് മാലയിട്ട് കൊടുക്കും ആ മാലയും കൊണ്ട് പശു കുറെ ദിവസം ഇങ്ങനെ നടക്കും അതിനുവെല്ലാം അഭിമാനം ഉണ്ടാവും ആ മാലയില് അതിന് എനിക്ക് മാലയിട്ട് തന്നുണ്ടെന്നുള്ള ഭാവവുമില്ല കുറച്ച് കുറച്ചായി ഓരോ പൂവായി വീഴും അവസാനം മാല വീഴും അപ്പോഴും പശുവിനറിയില്ല ഇതുപോലെ ഈ ശരീരം കൊണ്ട് നടക്കാം ഋഷഭയോഗീശ്വരൻ രാജാവായിരിക്കുമ്പോൾ തന്നെ അങ്ങനെ കുറേ കുറച്ച് ഈ ലക്ഷണങ്ങളൊക്കെ കണ്ടു ഒരിക്കൽ സിദ്ധന്മാരൊക്കെ ഉള്ള ഒരു സദസ് ഇവരൊക്കെ മഹാ ജനകന്റെ സദസ്സിൽ ഋഷികളും ജ്ഞാനികളും ശുഭബ്രഹ്മ മഹർഷിയെ പോലും വ്യാസഭഗവാൻ ജനകന്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുവന്നു എന്നാണ് പറയുന്നത് ഇവരൊക്കെ കാണാമെന്നുകൊണ്ടിരിക്കും മഹാത്മാക്കളൊക്കെ അങ്ങനെ ഒരു സദസ്സിൽ വെച്ച് ഋഷഭയോഗീശ്വരൻ തൻ്റെ മക്കൾക്കായിട്ടൊരു ഉപദേശം കൊടുത്തു എല്ലാവരും അദ്ദേഹത്തിന് മക്കളാണ് ഹേ പുത്രകാഹ കുട്ടികളെ തൻ കുഴന്തകൾക്ക് ഋഷഭയോഗീശ്വരൻ ഒരു ഉപദേശം കൊടുക്കത് പഞ്ചമസ്കന്ധത്തിലെ ഋഷഭഗീത ഇത് ഋഷഭരുടെ ഉപദേശം कूप उपदेश कष्टुज तपो दिव्यं पुत्रका सत्म शुद्धे यस्मा ब्रह्मसौख्यं तो अन कुु शं नमुक कहु पेर रुर्हम ശരീരം ദഹ്യത ഇത് ദേഹ ദഹിച്ചു പോകുന്നത് ദേഹം ക്ഷീര്യതേ ഇത് ശരീരം കുറച്ച് കുറച്ചായിട്ട് ക്ഷയിച്ച് തളർന്നു പോകുന്നത് ജായത്തെ അസ്ഥി വർദ്ധത വിപരിണമത്തെ അപക്ഷീയത്തെ വിനശ്യത്തെ പതുക്കെ പതുക്കെ പതുക്കെ പോകുന്നത് ശരീരം ഈ ദേഹം ഭഗവാൻ നമുക്ക് തന്നിരിക്കുന്നത് ഭഗവത് ഭജനത്തിനാണ് അല്ലാതെ ഇത് ഭോഗത്തിന് വേണ്ടിയുള്ളതല്ല കഷ്ടാൻ കാമാൻ അർഹതയെ വിഡ്ഭുജാമ്യെ മലന്തീനികളായ ജന്തുക്കൾക്ക് പോലും സുഗമമായി കിട്ടുന്ന ഈ ഭോഗങ്ങൾ അനുഭവിക്കാൻ മാത്രമല്ല ഈ ശരീരം പിന്നെ ഈ ശരീരം എന്തിനാ തപ്പോ ദിവ്യം പുത്രക്കാ ഏന സത്വം ശുദ്ധേ ഈ ശരീരം കൊണ്ട് തപസ് ചെയ്യണം തപസ് എന്താണ് ഭഗവത് ആരാധന തന്നെ തപസ് ശാരീരികമായ തപസ് മാനസികമായ തപസ് വാചികമായ തപസ് എന്നൊക്കെ ഭഗവാൻ ഗീതയിൽ പറഞ്ഞിട്ടുണ്ട് നാമസങ്കീർത്തനം തപസ് ഭഗവാനെ ആരാധിക്കുന്നത് തപസ് ധ്യാനം ചെയ്യുന്നത് തപസ് ആഹാരനിയന്ത്രണം ചെയ്യുന്നത് തപസ് ജ്ഞാനവിചാരം ചെയ്യുന്നത് തപസ് ഇത്തരത്തിലുള്ള തപസ്സുകൊണ്ടൊക്കെ സത്വഗുണം ശുദ്ധമായി സത്വഗുണം ശുദ്ധമായാലോ ആഹാരശുദ്ധവും സത്വശുദ്ധി സത്വശുദ്ധ്രുവ സ്മൃതി സത്വം ശുദ്ധമായാൽ നമുക്കുള്ള സ്വരൂപസ്മൃതി അഥവാ ഭഗവത് സ്മൃതി വിട്ടുപോവാതെ നിൽക്കുമെന്നാണ് അല്ലെങ്കി ഇപ്പൊ വയറ് നിറയെ ശാപ്പാട് കഴിച്ച് കണ്ടതും ഒക്കെ തിന്നാൽ പിന്നെ ഗുരുവായൂരപ്പ എന്നൊക്കെ വായുകൊണ്ട് പറഞ്ഞാൽ പോലും ഓന്ന് വായ പൊളിക്കും കോട്ടുവായിട്ടുകൊണ്ട് എന്തോ പറയും ഗുരുവായൂരപ്പെന്ന് പറയും നമ്മളുടെ ശരീരം സ്ഥൂലമായി തപസിലിരിക്കുമ്പോ അമ്പലത്തിലൊക്കെ പോവുകയൊക്കെ നമ്മൾ വേണമെങ്കിൽ കോടാലി നമസ്കാരം എന്നാണ് പറയുക എന്തോ അത് ഉണ്ടെങ്കിൽ സ്വാമി കോപിക്കാതെ ഇരിക്കട്ടെ സത്വഗുണം ശുദ്ധമാവുമ്പോൾ അപ്പൊ നമുക്ക് ഈ ഭാവങ്ങളൊക്കെ കാണാം നമ്മളുടെ ഉള്ളിലുണ്ടാവുന്ന ഭാവങ്ങളൊക്കെ കാണാം മാത്രമല്ല ഭഗവത് സ്മൃതി വിട്ടുപോകാതെ നിൽക്കും പലരും ചോദിക്കും ഈ കുറച്ചൊക്കെ നിൽക്കുന്നുണ്ട് കുറച്ച് കഴിഞ്ഞാൽ പോണുവല്ലോ എന്തുകൊണ്ട് പോകണു നമുക്ക് സത്വഗുണം നഷ്ടപ്പെട്ടു പോകുമ്പോഴാണ് പോണത് സത്വഗുണമുണ്ടെങ്കിൽ ധ്രുവാസ്മൃതിക്ക് സ്മരണം വിട്ടുപോകാതെ നിൽക്കും സ്മൃതെ ലാഭേ സർവഗ്രന്ഥീനാം വിപ്രമോക്ഷ സ്മൃതി ഉണ്ടായാൽ ഹൃദയഗ്രന്ഥി ശരീരത്തിനെയും ചൈതന്യത്തിനെയും കൂട്ടിക്കെട്ടുന്ന അഹങ്കാരത്തിന്റെ കെട്ടുപൊട്ടുപോകും ചിജ്ജടഗ്രന്ഥി വിട്ടുപോകും സാക്ഷാത്കാരം പൂർണ്ണമാവും അതുകൊണ്ട് തപസ് ചെയ്യൂ എന്ന് പറഞ്ഞു തപസ്സിൽ മുഖ്യമെന്താ മഹത്സേവാം ദ്വാരമാഹുർ വിമുക്തേ സത്സംഗം മഹാത്മാക്കളുടെ സംഘം ആരാണോ നമുക്ക് ഭഗവാനെ ഓർമ്മിപ്പിക്കുക ആരുടെ സാന്നിധ്യത്തിൽ നമുക്ക് ഭഗവത് സ്മൃതി ഉണ്ടാവുമോ ആര് നമുക്ക് ഭഗവാനൊഴിച്ച് ബാക്കിയുള്ളതൊക്കെ കള്ളമാണെന്നുള്ള ഒരു ദൃഢവൈരാഗ്യവും ഭക്തിയും ബലപ്പെടുത്തുവോ അവരുടെ സംഘത്തിനെ സദാ ആശ്രയിക്കാതെ സദാ സന്തോ അഭിഗന്തവ്യപദിശന്തി നഷാം സ്വൈരകഥാ സാധോ ഉപദേശാഭവ സാധുക്കളുടെ അടുത്ത് ചെന്നിരിക്കുക ഒരു പക്ഷേ അവരെ ഉപദേശിച്ചിട്ടില്ലെങ്കിൽ പോലും ചെന്നിരിക്കുക എന്ന് അവർ എന്തെങ്കിലുമൊക്കെ ലൗകിക വർത്തമാനങ്ങളോ തമാശയോ രാഷ്ട്രീയമോ പറഞ്ഞാൽ പോലും ഉപദേശമായിട്ട് തീരുന്ന ക്രമേണ ചിത്രത്തിനെ ഉയർത്തി ഭഗവത് ഭക്തിക്ക് നമ്മളെ കൊണ്ടുപോകുന്നതാണ് സത്സംഗം അതുകൊണ്ട് സത്സംഗത്തിനെ ആശ്രയിക്കുക എന്ന് പറഞ്ഞു അതോടുകൂടെ കുറേ സാധനകളെയും ഇവിടെ ഉപദേശിച്ചു ഗുരുഭക്തി ഏകാന്തവാസം നിരന്തരമുള്ള അധ്യാത്മ പരിശീലനം പ്രാണനെ അടക്കല് ഇന്ദ്രിയങ്ങളെ ജയിക്കല് ശ്രദ്ധ ബ്രഹ്മചര്യം ഇന്ത്യ വാക്കിനെ നിയന്ത്രിക്കൽ മൗനവ്രതം ഇതൊക്കെ ഉപദേശിച്ചു എല്ലാം കഴിഞ്ഞിട്ട് ഗുരുക്കന്മാർക്കും ഒരു ഉപദേശം കൊടുത്തു ഋഷഭൻ പറഞ്ഞു ഒരു ഗുരു ആരാണെന്ന് വെച്ചാൽ ഈ ജീവൻ എത്രയോ ജന്മങ്ങളിൽ കർമ്മം ചെയ്ത് കർമ്മം ചെയ്ത് കർമ്മം ചെയ്ത് തളർന്നിട്ടാണ് വരുന്നത് ആ ജീവൻ ഒരു സദ്ഗുരുവിനെ ആശ്രയിക്കുന്നത് എന്തിനാണ് എങ്ങനെയെങ്കിലും ഒരു വിശ്രാന്തി കിട്ടണോ അതിന് ഭഗവത് സ്വരൂപത്തിലേക്ക് അത് ഭഗവത് സ്വരൂപ ധ്യാനം ഉണ്ടാവണം ആ ജീവനെ ഇവിടെ വന്നിട്ട് നീ ഇവിടെ വന്നുവല്ലോ ഇനി കുറച്ച് ഇവിടെ പ്രവർത്തിക്കും വന്നിട്ട് ഇവിടെ ഒരു കർമ്മത്തിൽ ആ ജീവനെ പിടിച്ച് തള്ളിവിടുകയാണെങ്കിൽ സ്വയം കണ്ണുകാണാത്ത ആളെ കെണറ്റിൽ തള്ളിവിടുന്ന പോലെയാണെന്നാണ് എന്നാ യോജയേത് കർമ്മ സു ൻ മനുജോ അർത്ഥം ലഭേത നിപാതയൻ നഷ്ടദൃശം ഹി ഗർത്തൻ സ്വയം കണ്ണില്ലാത്ത ആളെ ഗർത്തത്തിൽ പിടിച്ച് തള്ളുന്ന പോലെ കർമ്മം കൊണ്ട് തളർന്നു വന്ന ജീവനെ വീണ്ടും കർമ്മത്തിലേക്ക് തള്ളിവിടരുത് അവന് ഭഗവത് പദത്തിനെ കാണിച്ചു കൊടുക്കണം എമണ മഹർഷി പറയും യഥാർത്ഥ ഗുരു എന്താ പറയാന്ന് വെച്ച ചുമ്മാ ഇരുന്ന് ചൊറവർ താൻ ഗുരു എന്നെ എല്ലാം പണ്ണ് പണ് എല്ലാ ഇത്തരം ആളെയും സദകുരു എ സുമായിരുന്നു അര നില് അരുണാചല അരുണാചലം തനക്ക് എന്നിട്ട് പാത്തേശാമെ മല ഒരു ഉപദേശം പാ ഉപദേശം ഒന്നും ഉപദേശിക്കലെ വായാൽ ഒന്നും ആ മൗനത്തിനാലും ഒരു ഉപദേശം എന്ന സുമായിരുന്ന ോ ചിത്തവൃത്തിയോ ഇല്ലാമ നിശ്ചലമായ അപ്പം മല ഉപദേശം അതേപോലെ ഒരു സദ്ഗുരു കർമ്മത്തിൽ നിന്നും ഈ ജീവന് വിമുക്തി കൊടുത്ത് ഭഗവത് ഭക്തിയുടെ മാർഗത്തിലേക്ക് കാണിച്ചു കൊടുക്കണം അങ്ങനെ കാണിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ ഗുരുന സോ സസ്യാത് പിതാ നീത് ദൈവം മൃത്യുവിന്റെ വായിൽ പെട്ടിട്ടാണ് നമ്മളൊക്കെ ഇവിടെ വന്ന് ജനിച്ചിരിക്കുന്നത് എങ്ങനെങ്കിലുമൊക്കെ ജനന മരണ ചക്രത്തുനിന്ന് പുറത്തു ചാടാൻ പറ്റുമോ എന്ന് പെടഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ജീവൻ ഒരു സദ്ഗുരുവിനെ ആശ്രയിക്കുന്നത് എന്തിനാ എങ്ങനെയെങ്കിലും വിമുക്തി മാർഗം കാണിച്ചതിനാൽ ആ ഗുരു ഒരു അക്കൗണ്ട് ബുക്കും പേനയും കൊടുത്തു വെച്ചിരുന്ന് എഴുത് എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെയും അവിടെ ഇതാണ് പണിയെങ്കിൽ വേണ്ട മതി നമുക്കിത് മതി ഗുരു നസ്യാത് സ്വജനോ നസ്യാത് സ്വജനങ്ങളാണെങ്കിലും നമുക്ക് ഭഗവത് അഭിമുഖമായി അനുകൂലമായിട്ട് ഇരിക്കുകയാണെങ്കിൽ അവരുടെ കൂടെ ഇരിക്കും അല്ല പ്രതികൂലമായിട്ട് തീരുകയാണെങ്കിലോ സ്വജനങ്ങളാണെങ്കിലും ബന്ധുക്കളാണെങ്കിലും ത്രാസം യോ വിദദാതി ബാന്ധവേഭ്യ ഭുജങ്കാതിവ എന്നാണ് ബന്ധുക്കളെ കണ്ടാൽ പാമ്പിനെ കണ്ടാ പോലെ പേടിക്കണോ അത്ര ഇവർ ഇനിയും വീണ്ടും എന്നെ അങ്ങോട്ട് വലിക്കും പല കാര്യങ്ങളും പറയും അതുകൊണ്ട് അതിനെ കണ്ടാൽ പേടി എന്നാണ് അപ്പൊ നമുക്ക് അനുകൂലമാണെങ്കിലോ അവരും സത്സംഗമായി ബന്ധുക്കൾ പ്രതികൂലമാണെങ്കിൽ ദൂരത്തുനിന്ന് നമസ്കരിച്ചോളാതാണ് അവരും ഭഗവത് സ്വരൂപികളാണ് ദൂരത്തു നിന്ന് നമസ്കരിച്ചോളാം പിതാന സാത് പ്രഹ്ലാദൻ ഹിരണ്യകശിപ്പ് പറഞ്ഞതൊക്കെ കേട്ടു പക്ഷേ ഭഗവത് ഭജനം ചെയ്യാൻ പാടില്ല ഭക്തി ചെയ്യാൻ പാടില്ല എന്തൊക്കെയോ പറഞ്ഞു ഹിരണ്യ കശിപ്പു അച്ഛനെ പോയിട്ട് പക്ഷേ ഈ കാര്യം മാത്രം പറഞ്ഞാൽ കേൾക്കില്ല ഏത് പിതാവാണോ ഒരു പുത്രനെ അധ്യാത്മമാർഗത്തിൽ നടക്കാൻ സമ്മതിക്കാതെ വിഗ്രഹം ചെയ്യുന്നത് ആ ധർമ്മത്തിൽ അയാൾ അച്ഛനല്ല എത്രയോ അച്ഛനമ്മ നമുക്കുണ്ട് ഓരോ ജന്മത്തിലും ഒരു ജീവൻ ഒരു മാതാപിതാവിന് ജനിക്കുമ്പോ ആ ജീവൻ ദയനീയമായിട്ട് ഈ അച്ഛനമ്മയോട് ഒരു കാര്യം ചോദിക്കുന്നുണ്ട് ഞാൻ എത്രയോ അച്ഛനമ്മമാർക്ക് ജനിച്ചിട്ടുണ്ട് ഇപ്പൊ ദാ നിങ്ങൾക്ക് വന്ന് ജനിച്ചിരിക്കുന്നു എനിക്ക് വിമുക്തി മാർഗം കാണിച്ചു തരൂ എന്ന് ആ ജീവന്റെ ഹൃദയം ചോദിക്കുന്നുണ്ട് ബുദ്ധിയും വായുവൊന്നും ചോദിക്കില്ല ഈ അച്ഛനും അമ്മയും അത് അറിഞ്ഞുകൊണ്ട് ആ ജീവൻ വിമുക്തി മാർഗത്തിലേക്ക് ഒരു വഴി കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ ആ ജീവൻ ഹൃദയം കൊണ്ട് ഇവരെ അനുഗ്രഹിക്കും നമ്മൾ ആ മാർഗം കാണിച്ചു കൊടുക്കാതെ സ്കൂൾ പഠിപ്പും കോളേജ് പഠിപ്പും അതും ഇതും പണം ഉണ്ടാക്കാനുള്ള വഴിയൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് പക്ഷെ വിമുക്തി നിവൃത്തി മാർഗത്തിനും ഈ ഭഗവത് പ്രാപ്തിക്കുള്ള വഴി കാണിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ ഈ ജീവൻ നിങ്ങളുടെ മകനാണ് മകളാണെന്നൊക്കെ നിങ്ങൾ പറയും പക്ഷെ അത് നിങ്ങളുടെ മകനോ മകളോ ഒന്നുമല്ല എത്രയോ ആൾക്കാരുടെ മകനും മകളും അച്ഛനും അമ്മയും ആയി ഇരുന്നിട്ട് ഇപ്പൊ ഒരു ചാൻസ് അന്വേഷിച്ച് നിങ്ങളിലൂടെ വന്നിരിക്കുകയാണ് അത് പോണ പോക്കൊരു ശാപവുമായിട്ട് പോകുക ഞാൻ വന്നു നിങ്ങൾ രക്ഷിക്കും വിചാരിച്ചു രക്ഷിച്ചില്ല നിങ്ങൾ തന്നെ ഹോംവർക്കൊക്കെ ചെയ്യിപ്പിച്ചു പക്ഷെ എന്റെ ഹോമിലേക്ക് പോവാൻ നിങ്ങൾ വഴി കാണിച്ചു തന്നില്ല അതുകൊണ്ട് നിങ്ങൾ ഓൾഡ് ഏജ് ഹോമിലിരിക്കും അതാണ് സംഭവിക്കുന്നത് നമുക്ക് അറിയണില്ല എല്ലാം അധ്യാത്മമാണ് ലൗകികമേ ഇവിടെ ഇല്ല എല്ലാം അധ്യാത്മമാണ് ഒരച്ഛനും അമ്മയ്ക്കും മക്കൾ നോക്കണില്ല എന്ന് കംപ്ലയിന്റ് പറയാൻ ഒരു അധികാരവുമില്ല ഒരു ചെടിക്ക് വെള്ളമൊഴിച്ചു കൊടുത്താൽ ആ ചെടിയിൽ നിന്നും എന്തെങ്കിലും ഫലം കിട്ടും അതേപോലെ ഈ ജീവന് വെള്ളമൊടിച്ചു കൊടുക്കുന്ന തരോർ മൂലനിഷേയത് എന്നിവിടെ ഭാഗവതന്ദന ആ ഹൃദയത്തിലേക്ക് ആ കുട്ടിക്ക് കുട്ടിക്കാലത്ത് അല്പം പഠിപ്പിൽ കുറച്ച് മോശമൊക്കെ ആണെങ്കിലും കുറച്ച് നാമം ചൊല്ലാനും ഭക്തി ചെയ്യാനും ഭഗവാന്റെ അടുത്തേക്ക് കൊടുത്താൽ അല്പം വഴി തിരിച്ചു ആ കുട്ടി വയസ്സാകും എത്രയോ പേരെ ഞാൻ കാണുന്നുണ്ട് പലരും പറയാറുണ്ട് അച്ഛനും അമ്മയോടോ അവർക്ക് ഈശ്വര ഭക്തി എന്താന്ന് വെച്ചാൽ അച്ഛനും അമ്മയും പഠിപ്പിച്ചു എന്ന് വെച്ചിട്ടോ അല്ലെങ്കിൽ പണം സമ്പാദിക്കാൻ വഴി കാണിച്ചു തന്നതുകൊണ്ടല്ല ചെറുപ്പകാലത്ത് ഞങ്ങൾക്ക് എന്തോ നിർബന്ധിച്ച് ഈ മാർഗത്തിലൊക്കെ കുറച്ച് കൊണ്ടുവന്നു അന്നൊന്നും ഇഷ്ടമുണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പൊ ഞങ്ങൾക്ക് അറിയണോ അവർ ഞങ്ങൾക്ക് എത്ര വലിയ അനുഗ്രഹമാണ് ചെയ്തതെന്ന് ഞങ്ങൾക്ക് അറിയണമെന്ന് പിൽക്കാലത്ത് പറയും അതേസമയം കുട്ടിക്ക് വേണ്ടതൊക്കെ വാങ്ങിച്ചു കൊടുക്കും സകലതും കൊടുക്കും സകല ഭോഗപദാർത്ഥങ്ങളും കൊടുത്തിട്ട് ആ കുട്ടികൾ പലരും അച്ഛനും അമ്മയും അവർക്ക് ബന്ധമൊന്നുമില്ല വലിയ സ്നേഹമൊന്നുമില്ല വേണമെങ്കിൽ അവിടുന്ന് എപ്പോഴെങ്കിലുമൊക്കെ ഒരു ഫോൺ ചെയ്യും എവിടെയോ ദൂരത്തിരിക്കുന്ന സ്ഥലത്തു നിന്ന് വേണമെങ്കിൽ കുറച്ച് പണമൊക്കെ കൊടുക്കുമായിരിക്കും പക്ഷെ ഹൃദയബന്ധമല്ല എന്താന്ന് വെച്ചാൽ ഹൃദയത്തിന് ഇവരൊന്നും കൊടുത്തില്ലേ ഇവര് ബുദ്ധിക്കും മനസ്സിനും ശരീരത്തിനും കൊടുത്തു അവരും തിരിച്ച് ബുദ്ധി കൊണ്ടും മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും റിയാക്ട് റിയാക്ഷൻ നടത്തിക്കൊണ്ടിരിക്കണു ഹൃദയത്തിന് കൊടുത്തുകൊണ്ട് ഹൃദയം കൊണ്ടും തിരിച്ചു കൊടുത്തിട്ടുണ്ടാവും ഓരോ ജീവനും ഇവിടെ അച്ഛനും അമ്മയ്ക്കും വരുമ്പോ ഒരു മൂകമായ ഒരു പ്രാർത്ഥനയുണ്ട് എന്നെ എങ്ങനെയെങ്കിലും ഭഗവാന്റെ അടുത്തേക്ക് കൊണ്ടുപോകുമോ പിതാനീന ഒരു അമ്മ വിഘ്നമായിട്ട് നിൽക്കുകയാണെങ്കിൽ കൈകേകി ഭരതന് വിഘ്നമായിട്ട് നിന്നു ഭരതൻ കൈകേകിയെയും നീക്കിക്കൊണ്ട് ശ്രീരാമന്റെ അടുത്തേക്ക് ചേർന്നു സഹോദരൻ രാവണൻ തടസ്സമായിട്ട് നിന്നു രാവണനെയും നീക്കിക്കൊണ്ട് വിഭീഷണൻ ഉപേക്ഷിച്ചുകൊണ്ട് ഭഗവാന്റെ അടുത്തേക്ക് ചേർന്നു ദൈവം തത്യാ ദൈവം എന്ന് വെച്ചാൽ ഈശ്വരൻ എന്നുള്ള അർത്ഥമല്ല സാധാരണ വിധിയാണ് പലരും പറയും ഞങ്ങളുടെ വിധിയാണ് ഞങ്ങൾക്കൊന്നും ഭജിക്കാനും അയ്യ ഭക്തി ഒന്നും ചെയ്യാൻ പറ്റും വിധിയാണെങ്കിൽ ആ വിധിയെ മാറ്റിവെക്കൂ കുറച്ചു മുമ്പ് പറഞ്ഞില്ലേ വിധിയൊക്കെ ശരീരത്തിനല്ലേ വിധി മനസ്സിനല്ലേ വിധി ലോക ലൗകി കുടുംബത്തിനല്ലേ നിങ്ങൾക്ക് പോയി നിങ്ങൾ ഈ ശരീരമാണോ നിങ്ങൾ മനസ്സാണോ എന്നാ പതിശ്ചസ്യാത് വിപ്രപത്നികൾക്കൊക്കെ അവരുടെ ഭർത്താക്കന്മാർ തടസ്സം ഗോപസ്ത്രീകൾക്ക് പലർക്കും അവരുടെ അവരെയൊക്കെ മാറ്റിവെച്ച് ഞങ്ങൾ ഞങ്ങളിതാ ഭഗവാനെ അങ്ങയുടെ അടുത്തേക്ക് വന്നിരിക്കണം അപ്പൊ പതിയാണെങ്കിലും വിഘ്നമായിട്ട് നിൽക്കുകയാണെങ്കിൽ പതിയല്ല മൃത്യും ഇങ്ങനെ ഋഷഭയോഗീശ്വരൻ തന്റെ മക്കൾക്ക് ഉപദേശം കൊടുത്തു കുറച്ച് ദിവസത്തിനകം അദ്ദേഹം അരമനയൊക്കെ വിട്ടിങ്ങനെ അല്ല പശുവൊക്കെ നടക്കണോ പോലെ ഇങ്ങനെ നടക്കാൻ തുടങ്ങി എന്നുവെച്ചാൽ എവിടെയെങ്കിലുമൊക്കെ നിൽക്കും അവിടെ മൂത്ര വിസർജനം ചെയ്യും മലവിസർജനം ചെയ്യും അവിടെ കിടക്കും അദ്ദേഹം മലമൂത്ര വിസർജനം ചെയ്താൽ കുറെ യോജന ചുറ്റുവട്ടാരം മുഴുവൻ സുഗന്ധം വീശുത്ര കാശിയിൽ അങ്ങനെ ഒരു മഹാത്മാവ് ഉണ്ടായിരുന്നു ഒരു നൂറ് വർഷം മുമ്പുണ്ടായിരുന്നു ഇപ്പൊ അദ്ദേഹത്തിന്റെ ആശ്രമമൊക്കെ നിങ്ങൾക്ക് കാണാം കാശിയിൽ പോയാൽ ത്രൈലിംഗസ്വാമി വലിയൊരു ശരീരം രാമകൃഷ്ണ പരമവംസർ ത്രൈലിംഗ സ്വാമിയെ കാണാനായിട്ട് കാശീലിക്ക് ചെന്നു എല്ലാവരും അറിയ എല്ലാവരും കാണേ ഇരുന്നൂറ്റി എൺപത് വർഷങ്ങളിലധികം അദ്ദേഹം ജീവിച്ചിട്ടുണ്ട് എല്ലാവരും കാണ ഒന്നും കെട്ടുകഥയൊന്നുമല്ല അദ്ദേഹത്തിന്റെ കാര്യത്തിൽ എല്ലാവരും അവിടെ തന്നെ കണ്ടിട്ടുണ്ട് അദ്ദേഹത്തിന് ഇരുന്നൂറ്റി എൺപതിലധികം വർഷം ചിലപ്പോൾ ഗംഗയുടെ ഉള്ളിൽ കിടക്കും ഗംഗയിൽ ചിലപ്പോ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് കിടക്കും അദ്ദേഹത്തിൻ്റെ ഉള്ളിലും ഗംഗയാണ് ശരീരം മുഴുവൻ ഗംഗാതലമാണ് ഭരണകാലത്ത് അദ്ദേഹത്തിന് വസ്ത്രമില്ലാതെ നടക്കുന്ന കൊണ്ട് ജയിലിലിട്ടു ആദ്യം അറിയാതെ ജയിലിട്ട് ജയിലിൽ കിടന്നു വൈകുന്നേരം ആയപ്പോ ആ കാവൽക്കാര് പോലീസിന്റെ അടുത്തേക്ക് ഓടി വന്ന് ഓഫീസറുടെ അടുത്ത് വന്ന് പറഞ്ഞു നമ്മള് ജയിലിൽ ഇട്ട സ്വാമി പുറത്ത് നടക്കണു പൂട്ടിയിട്ടില്ലേ ജയിലൊക്കെ പൂട്ടി അതേപോലെ ഉണ്ട് അദ്ദേഹം പുറത്ത് നടക്കുന്നു മഹാസിദ്ധനായിരുന്നു ഏകദേശം ഋഷഭയോഗീശ്വരന്റെ കഥ കാണുമ്പോൾ നമുക്ക് ത്രിലിംഗ സ്വാമി ഓർമ്മ വരും സദാശിവ ബ്രഹ്മേന്ദ്ര ഇതുപോലെ തന്നെ കയ്യൊക്കെ മുറിച്ചിട്ടിട്ടും വസ്ത്രമില്ലാതെ നടന്നു നവാബിന്റെ കൊട്ടാരത്തിന്റെ ഉള്ളിൽ കൂടെ സ്ത്രീകളൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുക ഏയ് ഇതേതാ ഒരാള് വസ്ത്രം ഉടുക്കാൻ നടക്കുന്നു കാവൽക്കാരെ വിളിച്ച് കൈ വെട്ടാൻ പറഞ്ഞു അദ്ദേഹം ഇങ്ങനെ ശരീരപ്രജ്ഞയില്ലാതെ നടക്കുക കൈ വെട്ടി ചുവട്ടിൽ ഇട്ട തിരിഞ്ഞു നോക്കിയില്ലേ അദ്ദേഹം പോയി ഈ നവാബ് കയ്യും എടുത്തുകൊണ്ട് പുറകെ പോയി അത്ര പുറകെ പോയിട്ട് കാലിൽ വീണ് നമസ്കരിച്ച് ഏതോ വലിയ ഫക്കീറാണ് സ്വാമി അങ്ങയുടെ കയ്യ് ഞാൻ അറിയാതെ ഈ മഹാപചാരം ചെയ്തു എന്തു പറ്റി കയ്യ് ഞാൻ മുറിച്ചു ശരി തരുമെന്ന് പറഞ്ഞിട്ട് വാങ്ങി ഇവിടെ വെച്ചു എന്നാണ് കേട്ട ആ സംഭവത്തിന് ശേഷമാണ് സദാശിവ ബ്രഹ്മേന്ദ്ര സ്വാമികൾ മതി ഇനി ഇങ്ങനെ നടക്കരുത് വെറുതെ ആളുകൾക്ക് ബുദ്ധിമുട്ടാവണോ എന്ന് പറഞ്ഞ് നെരൂള് വന്ന് ട്രിച്ച നെരു ഇരുന്നത് അവിടെ സമാധിയായി സമാധിയാവുമ്പോ മധുരയ്ക്ക് അടുത്ത് മാനവാമുരയിൽ ഒരു ഭക്തനോട് പറഞ്ഞിരുന്നു ഞാൻ സമാധിയാവാൻ ഇവിടെ വരാമെന്ന് പറഞ്ഞിരുന്നു അതുകൊണ്ട് അവിടെയും പോയി ഒരു സമാധി പാകിസ്ഥാനിൽ കറാച്ചിയിൽ വെച്ചൊരു മുസ്ലിമിന് അദ്ദേഹം മുമ്പ് പരിചയമുണ്ടായിരുന്ന ഒരു മുസ്ലിം അദ്ദേഹത്തിന് വേണ്ടിയിട്ട് അവിടെയും ഒരു സമാധിയാണ് മൂന്ന് സ്ഥലത്ത് സമാധിയാണ് ജീവസമാധി അവിടെ ഇരുന്ന് ചുറ്റും കെട്ടാൻ പറഞ്ഞു കല്ല് വെച്ച് കെട്ടാൻ പറഞ്ഞു അങ്ങനെയുള്ള അവധൂത മഹാത്മാക്കളുടെ അവർ നടക്കുന്ന സ്ഥലമൊക്കെ പവിത്രമാകും അവരെ കൊണ്ടാണ് ഈ ഭാരതത്തിന് രത്നഗർഭ എന്ന പേര് അങ്ങനെ എത്രയോ മഹാത്മാക്കൾ ബാഹ്യപ്രജ്ഞയില്ലാതെ ഭഗവത് ആനന്ദത്തിൽ രമിച്ച് നടന്ന എത്രയോ മഹാപുരുഷന്മാരുടെ ഭൂമിയാണ് അല്ലാതെ ഇവിടെ രാഷ്ട്രീയം കൊണ്ടും സ്പോർട്സ് കൊണ്ടും നമ്മൾ മേലെയൊന്നും വരില്ല ഒക്കെ വട്ടപൂജ്യം അതിനൊന്നും പുറപ്പെട്ട കാര്യമില്ല വിവേകാനന്ദ അടുത്ത് പറഞ്ഞു റിലീജിയൻ ഈസ് യുവർ ബാക്ക് സ്പിരിച്വാലിറ്റി ഈസ് യുവർ ബാക്ക് ബോൺ ഇഫ് യു ഗിവ് ഇറ്റ് അപ് ആൻഡ് ടേക്ക് ടു സം മദർ ക്രാഫ്റ്റ് മാർക്ക് മൈ വേർഡ്സ് വിത്തിൻ ഫിഫ്റ്റി ഇയേഴ്സ് യു വിൽ ബി എക്സ്റ്റിങ്ക്ട് ഭക്തിയും ഭഗവാനും ഋഷികളും ഭക്തന്മാരും സാധുക്കളുമാണ് നമ്മളുടെ നട്ടെല്ല അതുപേക്ഷിച്ച് രാഷ്ട്രീയമോ വേറെ വലതോ ഒക്കെ നിങ്ങൾ മുഖ്യമായി സ്വീകരിക്കുകയാണെങ്കിൽ അമ്പത് വർഷത്തിനകത്ത് നിങ്ങൾ ഒന്നുമില്ലാതെ പോകുമ്പോ ഋഷഭയോഗീശ്വരൻ ഈ ഭൂമിയിലൂടെ നടന്നിട്ടുണ്ട് എന്ന് ആലോചിക്കണം നമ്മൾ അദ്ദേഹം ഇങ്ങനെ സഞ്ചരിച്ചു പല സ്ഥലങ്ങളിലും ചിലയിടത്ത ആളുകളിൽ ഇദ്ദേഹം ചെവിട് കേൾക്കാത്ത ആളാണെന്ന് വിചാരിച്ചു ചിലർ ഭ്രാന്താണെന്ന് വിചാരിച്ചു ചിലര് രാത്രി ഇരുട്ടിൽ കണ്ട് പ്രേതമാണോ എന്ന് വിചാരിച്ചു പേടിച്ചു ബാലോന്മത്ത പിശാദേവത അങ്ങനെ സഞ്ചരിച്ചു സിദ്ധികളൊക്കെ അദ്ദേഹത്തിന് പുറകെ വന്നുകൂടി ഒന്നും തിരിഞ്ഞുപോലും നോക്കിയില്ല എന്നാണ് ഇതിലൊക്കെ ആരുപോയി മനസ്സ് വയ്ക്കും അതിലൊന്നും അദ്ദേഹം ശ്രദ്ധിച്ചില്ല സിദ്ധികളിലൊന്നും അദ്ദേഹം രമിച്ചില്ല ക്രമേണ ദക്ഷിണ കർണാടക ദേശത്തിൽ നമ്മൾ ഇന്ന് പോകുമ്പോൾ ഇന്നും അവിടെയൊക്കെ ധാരാളം കാടാണല്ലോ മൂകാംബിക ശൃംഗേരി സുബ്രഹ്മണ്യ അങ്ങോട്ടൊക്കെ പോവാണെങ്കിൽ മലയും കാടുമാണ് മുഴുവൻ കാടാണ് ഇപ്പോഴത്തന്നെ നമ്മളിപ്പോൾ കൊങ്കൺ റൈവേസിൽ ബോംബെയിലേക്ക് പോവുകയാണെങ്കിൽ ആ വഴി മുഴുവൻ നിങ്ങൾക്ക് കാണാൻ കാടും മലയാണ് ആ ദക്ഷിണ കർണാടക ദേശത്തിലെ കാട്ടിലേക്ക് പ്രവേശിച്ചു അവിടെ കാട്ടിൽ കാട്ടു തീ കത്തിക്കൊണ്ടിരിക്കണം ആ അപ്പൊ ആലോചിച്ചു ഈ ശരീരം വീഴാനുള്ള സമയം ഇനി വെറുതെ ആരെങ്കിലും എന്തിനും ബുദ്ധിമുട്ടിക്കണം ആ തീയിലേക്ക് അങ്ങോട്ട് പ്രവേശിച്ച് ശരീരത്തിനെ എരിച്ചു കളഞ്ഞു ആ മഹാത്മാ നമ്മൾ ആ കൊങ്കൺ മാർഗത്തിലൂടെ പോകുമ്പോൾ ഇത് ഓർക്കണം ഇതാണ് ഭാഗവത കഥ പറയുന്നത് അല്ലെങ്കിൽ ഒക്കെ ബ്രഹ്മവിദ്യ മാത്രം പറഞ്ഞാൽ മതി ഈ മഹാത്മാകളുടെ കഥയും ഈ ദേശവും ഒക്കെ പറയണത് എന്താണെന്ന് വെച്ചാൽ ഓരോന്നും കാണുമ്പോൾ നമുക്ക് ഇവരെയൊക്കെ ഓർമ്മ വരണം ട്രെയിനിൽ ഇങ്ങനെ പോകുമ്പോൾ വെറുതെ കാട് മല എന്നൊക്കെ പറഞ്ഞിരിക്കുന്നതിന് പകരം അല്ലേ നേച്ചേഴ്സ് ബ്യൂട്ടി എന്നൊക്കെ പറയുന്നതിന് പകരം അവിടെ പോകുമ്പോൾ ഇവിടെയാണ് ഋഷഭയോഗീശ്വരൻ വന്നത് ഋഷഭയോഗീശ്വരൻ ഈ കാട്ടിലൊക്കെ നടന്നിട്ടുണ്ടെന്ന് ആലോചിച്ചാൽ നമുക്ക് കോരിധരിക്കാം രോമാഞ്ചം ഉണ്ടാവും ഭാവസമാധി ഉണ്ടാവും ഈ കാട്ടിൽ അദ്ദേഹം സഞ്ചരിച്ചിട്ടുണ്ട് ഇവിടെയാണ് ശരീരം ഉപേക്ഷിച്ചത് എന്നൊക്കെ അതൊക്കെ കാണുമ്പോൾ ആ ഭാവം തോന്നണം ആ മഹാത്മാക്കള് സഞ്ചരിച്ചതൊക്കെ നമ്മളുടെ ഭാവനാമണ്ഡലത്തിൽ നമ്മൾ കാണണം അങ്ങനെ ഋഷഭയോഗേശ്വരൻ ദക്ഷിണ കർണാടകത്തിൽ വന്ന് അവിടെ ശരീരം ഉപേക്ഷിച്ചു അടുത്തത് ഭരതചരിത്രമാണ് ഒരു അധ്യായം വായിച്ച ശേഷം നമുക്ക് കാണാം സർവത്ര ഗോവിന്ദനാമസം ഋഷഭയോഗീശ്വരന്റെ പുത്രനായ ഭരതനെ രാജാവായി അഭിഷേകം ചെയ്തു അതിനാഭവർഷം എന്ന പേരോടുകൂടി ഇരുന്ന നമ്മുടെ രാജ്യത്തിന് അതോടുകൂടെ ഭാരതം എന്ന പേര് വന്നു ഭരതൻ രാജ്യഭരണം ചെയ്തു രാജാവ് എങ്ങനെ രാജ്യം ഭരിക്കണമോ അങ്ങനെ ധർമ്മിഷ്ഠനായി രാജ്യഭരണം ചെയ്തു യാഗയജ്ഞങ്ങളൊക്കെ ഒരു രാജാവ് ചെയ്യേണ്ട ഒരു ധർമ്മമായതുകൊണ്ട് അതൊക്കെ അനുഷ്ഠിക്കുകയും യാഗയജ്ഞങ്ങളുടെ ഫലം ആ ഫലമൊന്നും കാക്ഷിക്കാതെ അതിന് ഭഗവാനെ തന്നെ അംഗങ്ങളായി ഓരോ അംഗങ്ങളും ഭഗവാന്റെ അംഗങ്ങളായിട്ട് യാഗത്തിൽ ഓരോ കർമ്മത്തിനെയും ഭാവന ചെയ്ത് ഭഗവാനിൽ തന്നെ അതിന്റെ ഫലമൊക്കെ അർപ്പിച്ചു ഏത് കർമ്മവും ഭഗവതർപ്പണ ബുദ്ധിയോടുകൂടെ ചെയ്യുകയാണെങ്കിൽ യജ്ഞമായിട്ട് മാറും യജ്ഞമായിട്ട് ചെയ്താൽ ചിത്തം ശുദ്ധമാവും ചിത്തശുദ്ധി ഉണ്ടായ ഭരതൻ യോഗമാർഗത്തിലും വളരെയധികം ഉയർന്നു ഭഗവാനെ ഹൃദയത്തിൽ ധ്യാനിച്ച് ധ്യാനിച്ച് പരിശീലിച്ച് ക്രമേണ അദ്ദേഹത്തിന്റെ രാജ്യഭാരമൊക്കെ മതി രാജ്യമൊക്കെ ഏൽപ്പിക്കേണ്ടവരെ ഏൽപ്പിച്ച് പുലാശ്രമത്തിൽ വന്ന് ചക്രനദീ തീരത്തിൽ ഒരു ആശ്രമം കെട്ടി അവിടെ ഭഗവാനെ ധ്യാനിക്കാൻ തുടങ്ങി ധ്യാനിക്കാന്ന് വെച്ചാൽ ജലത്തിലിറങ്ങി കഴുത്തിനു വെള്ളത്തിൽ നിന്ന് സൂര്യനെ നോക്കിക്കൊണ്ട് അങ്ങനെ മന്ത്രം ജപിക്കാൻ തുടങ്ങിയാൽ സന്ധ്യ ആവണതു പോലും എന്നാണ് ഒരു പുഷ്പമെടുത്ത് ഭഗവാനെ അർച്ചിക്കാൻ പുഷ്പം കയ്യിലെടുത്താൽ ചിലപ്പോൾ അർച്ചിക്കുന്നത് പോലും മറന്നുപോയി ധ്യാനത്തിലിരുന്നു പോ അങ്ങനെ അത്ര ഉയർന്ന ഒരു യോഗതലത്തിലെത്തിവം നിജരമണാരുണചരണാരവിന്ദാനുധ്യാനപരിചിത ഭക്തിയോഗേന പരിപ്ലുത പരമാഹ്ലാദഗംഭീരഹൃദയ ഹൃദ അവ ഹൃദയ ഹൃദാവഗാഠതിഷണ താമപി കിമാണ ഭഗവത്സപരയാം സസ്മാരാം അത്ര ഉയർന്ന ഒരു തലത്തിൽ യോഗസ്ഥിതിയിൽ ഇരുന്നുകൊണ്ട് ഭഗവത് സപര്യ ചെയ്തു ഭഗവാനെ ആരാധിച്ചു അങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മളിതാപ്പോ കുറച്ചു മുമ്പ് പറഞ്ഞ പോലെ യോഗം കൊണ്ടൊക്കെ മനസ്സിനെ പിടിച്ചു നിർത്തിയാലും ആസക്തിക്ക് മനസ്സ് വഴങ്ങിപ്പെട്ടു പോവും എപ്പോഴും ആസക്തിക്ക് എല്ലാത്തിനേക്കാളും ബലമുണ്ട് അതുകൊണ്ടാണ് ഇന്നലെ പറഞ്ഞുവല്ലോ ഭഗവാൻ ഗീതയിൽ പറഞ്ഞു എന്നോട് ആസക്തി വയ്ക്കൂ എന്നോട് മൈ ആസക്തമനാഹ ആസക്തിക്ക് എല്ലാറ്റിനേക്കാളും ബലമുണ്ട് ഇപ്പൊ ഭരതൻ യോഗം കൊണ്ട് മനസ്സിനെ ഭഗവത് സ്വരൂപത്തിൽ നിർത്തി ഭഗവാനെ ധ്യാനിച്ചു അങ്ങനെ ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം വെള്ളത്തിലെ നിന്ന് ശപം ചെയ്തുകൊണ്ടിരിക്കുന്നു ഒരു മാൻ ഗർഭിണിയായ മാൻ വെള്ളം കുടിക്കാനായിട്ട് വന്നു കാട്ടിലാണ് ഒരു സിംഹത്തിന്റെ ഭയങ്കരമായ ഗർജനം കേട്ട് ഈ മാനൊന്ന് ചാടി ഗർഭം സ്രവിച്ചു ഈ മാൻകുട്ടി വെള്ളത്തിൽ വേണു മാൻകുട്ടി വെള്ളത്തിൽ ഇങ്ങനെ ഒഴുകി ഒഴുകി വരണു തപസ് ചെയ്തുകൊണ്ടിരിക്കുക തപസ്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഭരതന്റെ മേത്ത് വന്ന തിരിഞ്ഞു നോക്കി വെള്ളത്തിൽ ഒരു മാൻകുട്ടി ഉടനെ കാരുണ്യം വന്നു കാരുണ്യം അതെടുത്ത് കരയിൽ വെച്ച് വീണ്ടും ജപിക്കാൻ നന്നാ കുഴപ്പമില്ല അതെടുത്തുകൊണ്ടുപോയി തൻ്റെ കുടീരത്തിൽ കൊണ്ടു ചെന്ന് വെച്ചു പാവം ഇതിന് വേറെ ആരുമില്ല ഞാനാണ് അതിനൻ അമ്മ ഒരു ചാക്ക് വരിച്ച് അതിൽ മാൻകുട്ടിയെ കിടത്തി വൈക്കോലൊക്കെ ഇട്ട് കൊടുത്ത് അതിന് പാല് കുടിക്കാനുള്ള വയസ്സായിട്ടില്ല അതിന് തേനൊക്കെ വായിൽ വെച്ചു കൊടുത്ത് അത് കഴിഞ്ഞ് ധ്യാനിക്കാനായിട്ട് വന്നിരുന്നാൽ ധ്യാനം കൂടുന്നില്ലയാണ് ഇതിനെക്കുറിച്ച് തന്നെ ചിന്ത ഈ മാൻകുട്ടി അവിടെ ഉണ്ടല്ലോ അതിനെ ആരും നോക്കും പാവം എത്ര സുന്ദരമായിരിക്കണം അതും അതിനെ നോക്കാനിപ്പോൾ ഞാനല്ലാതെ വേറെ ആരുണ്ട് പതുക്കെ പതുക്കെ ആ മാൺകുട്ടിയെ ശുശ്രൂഷിക്കാൻ വേണ്ട ഏർപ്പാടുകളും അതിനു കാര്യങ്ങളും ഒക്കെ ആയി അഹരഹ തത്പോഷന് പാലന് പ്രീണന് ലാലന് അനുധ്യാനേന് അതിനെ പോഷിപ്പിക്കുക പാലി പാലിക്കാം അതിനെ സ്നേഹത്തോടുകൂടെ വാത്സല്യത്തോടുകൂടെ അതിനെ ലാളിക്കാം ഇങ്ങനെ കുറേ ദിവസം കഴിഞ്ഞു ഓരോ ദിവസം കഴിയുമോറും പതുക്കെ അദ്ദേഹത്തിൻ്റെ തപസ്സൊക്കെ വിട്ടു വിട്ട് വിട്ടു വന്നു പിന്നെ സന്ധ്യാവന്തനം അനുഷ്ഠാനം ധ്യാനം ഒക്കെ സദാ ഈ മാൺകുട്ടിയുടെ കൂടെയായി നിത്യമായ വസ്തുവിനെ വിട്ട് അനിത്യമായ വസ്തുവിൽ മനസ്സ് വന്നു പക്ഷേ ഈ അനിത്യമായ വസ്തു അതിന്റെ സ്വഭാവത്തിനെ കാണിക്കും അത് നിൽക്കില്ല അതെന്തെങ്കിലുമൊക്കെ വിട്ടുപോകും ഈ മാൻകുട്ടിയുടെ മേലെയുള്ള ആകർഷണം പ്രബലമായി തീർന്നു ഒരു പക്ഷേ ഒരു ഇടയ്ക്കൊക്കെ ഒരു പശ്ചാത്താപം തോന്നിയിട്ടുണ്ടാവും ഒരു ദിവസം ഒരു പശ്ചാത്താപം തോന്നി ഇങ്ങനെ നമ്മൾ മാൺകുട്ടിയെ ചിന്തിച്ച് തപസ്സ് ചെയ്യലൊക്കെ പോയി എൻ്റെ കൊട്ടാരമൊക്കെ വിട്ട് വന്ന് ഇവിടെ വന്നിപ്പോൾ ഈ മാൻകുട്ടിയെ വളർത്താനാണോ ശരി ഞാൻ ധ്യാനിക്കട്ടെ നിർബന്ധമായും മനസ്സിനെ പിടിച്ച് ധ്യാനത്തിൽ ഇരുത്തി പണ്ടല്ലോ ഈ മാൺകുട്ടി കുറച്ച് വലുതായിരിക്കണം അതിന് അല്പം കൊമ്പ് മുളച്ചിട്ടുണ്ട് അത് മൂർച്ചയില്ലാത്ത കൊമ്പ് അതും കൊണ്ട് വന്ന് പുറകെ വന്ന് ഇങ്ങനെ ആ കൊമ്പ് കൊണ്ടിങ്ങനെ ഉരച്ച മാൺകുട്ടി അപരുഷഭിഷാണേണീ അങ്ങനെ പതുക്കെ ഇങ്ങനെ ഉരച്ചുമ്പോ ഒരു സുഖം അടുത്ത ദിവസം മുതൽ ധ്യാനിക്കാനിരിക്കുമ്പോ ഈ മാൺകുട്ടി വന്ന് ഉരച്ചില്ലേ എന്നാണപ്പോ ചിന്ത ധ്യാനമല്ല പോയി ഇതൊക്കെ നമ്മുടെ കഥയാട്ടോ ഉം നാമൻ ജപിക്കാനിരിക്കുമ്പോ പേരക്കുട്ടി വന്ന് മടിയിലിരിക്കും ഭരതനും ആൻകുട്ടി നമുക്ക് പേരക്കുട്ടിയായിരിക്കും നമ്മളെ മുഖത്ത് നോക്കി ചീത്ത പറയാൻ പാടില്ലല്ലോ വന്നിട്ടാണ് സുഖബ്രഹ്മ മഹർഷി കഥയൊക്കെ ഇങ്ങനെ പറയുന്നത് നമ്മളുടെ പേരക്കുട്ടിയായിരിക്കും മടിയിൽ വന്നിരിക്കും അടിയിലിരിക്കുമ്പോ ജപിക്കാൻ സമ്മതിക്കില്ല അല്ലെങ്കിൽ അതിങ്ങനെ മടിയിൽ വന്നിരിക്കുമ്പോ ഒരു സുഖം അടുത്ത ദിവസം മുതൽ ജപിക്കാനിരിക്കുമ്പോ അവൻ വരുന്നുണ്ടോ എന്നാണ് നോട്ടം അടിയിൽ വന്നിരിക്കാനായിട്ട് കുറച്ചു ദിവസം എങ്ങനെ ചിന്തിച്ചു ഈ മാൻകുട്ടിയെ ചിന്തിച്ചു ഈ മാൻകുട്ടി ഒരു ദിവസം എവിടേക്കോ പോയി ബാക്കിയുള്ള മാനുകളുടെ കൂടെ പോയി അപ്പൊ വിഷമായി അയ്യോ കാട്ടിലുള്ള വല്ല മൃഗങ്ങൾ പിടിക്കുവോ സന്ധ്യാവന്തനത്തിരുന്ന ഇത് തന്നെ വിചാരം നമ്മളുടെ കഥയൊക്കെ നോക്ക പലപ്പോഴും അങ്ങനെയാണ് കുട്ടിയെ സ്കൂളിൽ അയച്ചാ അയ്യോ വൈകുന്നേരം വരണമല്ലോ എത്രയോ കുട്ടികൾ വരണ്ടേ എത്രയോ കുട്ടികൾ പോളുടെ കുട്ടിയാവുമ്പോ വൈകുന്നേരം ആവുമ്പോറും ടെൻഷനാ വൈകുന്നേരം വരണമല്ലോ കുട്ടി തനിച്ചു പോയിരിക്കണം എന്താവും സദാ അതിനെക്കുറിച്ചുള്ള ചിന്ത അതുപോലെ ഈ മാൻകുട്ടി കാട്ടിൽ പോയാൽ വരുന്നവേരെ ഭരതന് വിചാരം കുറച്ചു ദിവസം അത് വന്നില്ല അതിനെ ചിന്തിച്ച് തന്നെ വ്യാധിഗ്രസ്തനായി വിഷമത്തിലായി കിടപ്പായി നമ്മൾ എല്ലാം വൺ ട്രാഫിക് ആണ് ഈ ആസക്തി അച്ഛൻ മക്കളോട് ആസക്തരാകും മക്കൾ അവരുടെ മക്കളോട് ആസക്തരാകും ഇവിടുന്ന് വിട്ടുകളയും ഒക്കെ ഇങ്ങോട്ട് വിടും പേരക്കുട്ടി പേരക്കുട്ടി ആസക്തരാവും അവരെ എവിടെയെങ്കിലുമൊക്കെ ജോലി കിട്ടിപ്പോവും എപ്പോഴെങ്കിലും ഒക്കെ ആയിരിക്കും ഒരു ഫോൺ ചെയ്യലോ ഒരു വരവോ ഇവിടെ മുത്തശ്ശനോ മുത്തശ്ശിയോ അവര് വിചാരിച്ചുകൊണ്ടിരിക്കും കഷ്ടിച്ചത്തിരി വൈരാഗ്യം വന്നു ഇങ്ങനെ നമ്മൾ ജീവിതം കളയാൻ പാടില്ല അവരൊക്കെ അവരുടെ സ്വത സ്വതന്ത്രരായി ഇനി ഞാൻ ഭജിക്കണം എന്നൊക്കെ തീരുമാനിച്ചു ഭജിക്കാൻ തുടങ്ങി മരണ കിടക്കൽ കിടക്കൽ കിടക്കുമ്പോ അപ്പോ വന്നു ചെയ്യും അതാണ് നമ്മുടെ പ്രാരബം എന്ന് പറയുന്നത് വന്നിട്ട് മുമ്പിൽ വന്നിട്ട് അയ്യോ ഞങ്ങളെ വിട്ടു പോവാണോന്ന് ചോദിക്കും അപ്പൊ തോന്നും പേരക്കുട്ടിക്ക് എത്ര സ്നേഹം എന്റെ അടുത്ത് എത്ര സ്നേഹം ഭരതൻ കിടപ്പിലായി മാൻകുട്ടി വന്നു അടുത്തു വന്ന് ഇങ്ങനെ പ്രിയമായിട്ട് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് മാൻകുട്ടിയുടെ കണ്ണിലേക്ക് നോക്കി താനും നോക്കി ആൺകുട്ടിയും നോക്കി എം എം വാപി സ്മരൻ ഭാവം തെജത്യന്തേ കളേവരം തം തമേവേയാ സദാ തദ്ഭാവഭാവിത ഭഗവാൻ അലംഘനീയമായ ഒരു നിയമമാണ് പറയുന്നത് എന്തിനെ സ്മരിച്ചുകൊണ്ടാണോ എന്തിനെ ഭാവത്തിൽ വെച്ചുകൊണ്ടാണോ ശരീരം ഉപേക്ഷിക്കുന്നത് നിശ്ചയമായിട്ടും അടുത്ത ജന്മ അത് തന്നെ അത് ലംഘനം ചെയ്യാൻ വയ്യ അങ്ങനെയൊരു നിയമം അപ്പോ നമ്മളിപ്പോ പേരക്കുട്ടിയോ മകനെയോ സ്മരിച്ചത് അവർക്കൊരു ഗുണമില്ല നമ്മളൊന്ന് ആസക്തരായി നല്ലതിപ്പോ മരിക്കാൻ പോണ ആൾ എന്ത് ചെയ്യാൻ പോണം ഒരു പ്രയോജനവും ഇല്ല അതേസമയം നമുക്കൊരു ഒരു കൂട്ടം ഉണ്ടാക്കി തിരിച്ചു വരാനുള്ള റിട്ടേൺ ടിക്കറ്റ് എടുത്തിട്ട് നമ്മൾ പുറപ്പെടുവല്ലോ അതുപോലെയാണ് റിട്ടേൺ ടിക്കറ്റ് വാങ്ങിച്ചിട്ട് പോകണ പോലെയാണത് ടു ആൻഡ് ഫ്രോ ടിക്കറ്റ് എന്ന് പറയുന്ന പോലെ ഇവിടുന്ന് പോയി തിരിച്ചു വരണം എന്താണെന്ന് വെച്ചാൽ ഇവരുടെ അടൊക്കമുണ്ട് ആസക്തി ഇവരൊക്കെ എന്റെ ഓർമ്മയിലുണ്ട് ഇവരൊക്കെ സങ്കല്പത്തിൽ വെച്ചുകൊണ്ടാണ് ഇവിടുന്ന് പോണത് ഒന്നും വേസ്റ്റ് ആവില്ല തിരിച്ചു വന്നേ നോക്കൂ അത് ഇതൊന്നും വിശ്വസിക്കുമൊന്നും വേണ്ട ഞങ്ങൾക്ക് പുനർജന്മത്തിൽ വിശ്വാസം ഇല്ല വിശ്വസിക്കേണ്ട കാര്യമൊന്നുമില്ല ശാസ്ത്രം ഒരുപക്ഷെ നിങ്ങളുടെ സയൻസൊക്കെ പഴച്ചുപോകും ഇത് പഴകില്ല എന്താന്ന് വെച്ചാൽ ഈ വാസന ഉണ്ട് ഇത് എന്ത് ചെയ്യും അല്ലെങ്കിൽ എവിടെങ്കിലും ഇറ്റ് ഷുഡ് ബി എക്സിക്യൂട്ട് എട്ട് ഈ ആഗ്രഹത്തോടു കൂടെ പോകുന്നു തിരിച്ചു പറയണം അതാണ് ചിലപ്പോ കുട്ടികളൊക്കെ ജനിക്കുമ്പോ പറയും ബുദ്ധനെ പോലെ തന്നെ ഉണ്ടോ എന്ന് പറയും പോലെയല്ല അത് തന്നെ വന്നിരിക്കണം അത് അതേ കാര്യം ചില സ്വഭാവങ്ങളൊക്കെ അതേപോലെ കാണിക്കും പ്രബലമായ വാസനയോടുകൂടെ പോയി അതേ റൂട്ടിൽ തിരിച്ചു വരികയാണ് റൂട്ടിൽ തിരിച്ചു വന്നിട്ട് ഇവിടെ സ്ഥലം കിട്ടിയിട്ടില്ലെങ്കിലോ വേറെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് വന്നു കൂടും അതുകൊണ്ട് ചിലപ്പോ എല്ലാവർക്കും കിട്ടില്ലല്ലോ ചാൻസ് എത്രയോ പേര് നമ്മളുടെ പിതൃക്കളൊക്കെ നിൽക്കുന്നുണ്ടാവും അവിടെ ശരിക്കും ഈ തന്നെ പിതൃക്കളെ വിളിക്കാനാണ് അതൊരു തരത്തിലൊരു പുത്രേഷ്ടിയാണ് പുത്രകാമേഷ്ഠി പോലെയാണ് പിതൃക്കളെ ഈ ഹവിസുവൊക്കെ വെച്ച് ഈ പുരുഷ ശരീരത്തിലേക്ക് ആവാഹനം ചെയ്ത് വീണ്ടും പുത്രജന്മമായിട്ടങ്ങോട് വരും അതാണ് പിതൃ ശ്രാദ്ധാദികൾ ചെയ്തിട്ടില്ലെങ്കിൽ ഈ പുത്രജന്മം ഒന്നും ഉണ്ടാവില്ല എന്നൊക്കെ പറയണത് അതുപോലൊക്കെ ബന്ധപ്പെട്ട് കിടക്കണം എന്താന്ന് ഇവരൊക്കെ തന്നെയാണേ ചുറ്റി ചുറ്റി ചുറ്റി അങ്ങനെ പുത്രൻ ആയിട്ട് വരാൻ സാധിച്ചിട്ടില്ലെങ്കിലോ വീട്ടിൽ എന്തെങ്കിലും ജീവിയായിട്ടൊക്കെ വന്ന് നിൽക്കും നമ്മളുടെ പുണ്യഭാവത്തിനനുസരിച്ച് തിരുപാനന്ദ വാരിയെന്ന് വന്ന് തമിഴിലൊരു പ്രവചന പ്രഭാഷണം ചെയ്യുന്ന ആളുണ്ടായിരുന്നു അദ്ദേഹം പറയും ധാരാളം പുണ്യം നേടിയാൽ എന്താന്ന് വെച്ചാൽ അമേരിക്കയിൽ പോയിട്ട് നായായിട്ട് ജനിക്കും എന്താന്ന് വെച്ച അദ്ദേഹം പറയണത് അമേരിക്കയിൽ പോയി മനുഷ്യനായിട്ട് ജനിച്ചാൽ പിന്നെയും പ്രവർത്തിക്കണം വിഷമൊക്കെ ഉണ്ട് നായാണെങ്കിൽ ഒരാൾ നല്ലവണ്ണം നോക്കും മക്കളെക്കാളും നല്ലവണ്ണം നോക്കും അത് കാറിൽ വയ്ക്കും എല്ലാവരും അതിനെ ലാളിച്ചിട്ട് പോവും കാറിലിരുന്ന് എല്ലാരും നോക്കും സുഖമായിട്ടിരിക്കും വാസനയ്ക്കനുസരിച്ചാണ് ജന്മം വീണ്ടും അവിടെ തന്നെ വന്ന് ജനിക്കേണ്ടി വരും ഒരു മുത്തശ്ശി പറഞ്ഞു നിങ്ങൾ പറഞ്ഞത് വളരെ നന്നായി എനിക്ക് ഈ വീട്ടിൽ തന്നെ വരണമെന്നുണ്ട് ഇത് വളരെ എളുപ്പമായിരുന്നു പറഞ്ഞു പക്ഷെ ചിലപ്പോ വേറെ ആരെങ്കിലും മുത്തച്ഛനോ മുത്തശ്ശിയോ ഉണ്ടാവും വരാൻ നമ്മള് ലൈനിൽ തെറ്റിപ്പോയാൽ പിന്നെ എലി പേച്ചാഴി പൂച്ച നായ പല്ലി എന്തെങ്കിലുമൊക്കെ രൂപത്തിൽ വരും വേറെ കുട്ടിയൊക്കെ ചിലപ്പോ തല്ലും കല്ലെറിയും അല്ലെങ്കിൽ എലിയാണെങ്കിൽ കൂട്ടിൽ പിടിച്ച് വെള്ളത്തിൽ മുക്കും വേറെ കുട്ടിക്ക് അറിയില്ലല്ലോ മുത്തശ്ശിയാണെന്നോ മുത്തശ്ശനാണെന്നോ ഈ വിഷമം അനുഭവിക്കേണ്ടി വരുന്നതാണ് പക്ഷേ ഈ ജന്മത്തിൽ നല്ലവണ്ണം ഭഗവത് ഭജനം ചെയ്തിട്ടുണ്ടെങ്കിൽ ഭഗവാനെ ആരാധിച്ചിട്ടുണ്ടെങ്കിൽ ഒരു നമുക്ക് വേറെ എന്ത് ജന്മം സംഭവിച്ചാലും ശരി ഈ സ്മൃതി അവിടെ ഉണ്ടാവും ഭരതൻ മാനായിട്ട് ജനിച്ചത് ഒരു പ്രാരബ്ധം മാനായിട്ട് ജനിച്ചുവെങ്കിലും ആ മാനിന്റെ ശരീരത്തിൽ തന്റെ പൂർവജന്മത്തിൽ ചെയ്ത യോഗത്തിന്റെ മുഴുവൻ സ്മൃതി അവിടെ ഉണ്ട് ഒന്നും വിട്ടുപോയില്ല നഹി കല്യാണകൃത് കശി ദുർഗതി താത്ത ഗതി ഭഗവത്ഭചനം ചെയ്തതിന്റെ ഓർമ്മയോടുകൂടെ തന്നെ മാന് മാനിന്റെ ശരീരത്തിൽ മറ്റു മാനുകളുടെ ഒന്നും കൂടാതെ കൂടെ കൂടാതെ തനിയിൽ നിന്നു ഋഷികളുടെ ആശ്രമത്തിലും സത്സംഗത്തിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇരുന്ന് കഴിച്ചുകൂട്ടി ചിലപ്പോ അങ്ങനെയൊക്കെ ആശ്ചര്യമായിട്ട് നമുക്ക് മൃഗങ്ങളെ കാണാം ഗുജറാത്തിലെ ഒരു മഹാത്മാ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പേര് എനിക്ക് കിട്ടുന്നില്ല അദ്ദേഹത്തിനൊരു നായ ഉണ്ടായിരുന്നു എല്ലാ ഏകാദശിക്കും നായ ഉപവസിക്കും ഒന്നും കഴിക്കില്ല അദ്ദേഹം ഉപവസിക്കും നായ ഉപവസിക്കും വിചിത്രമായിരുന്നു ആ നായയുടെ പെരുമാറ്റം മുഴുവൻ അവസാനം അതിനെ സൂക്കേട് വന്ന് ശാരീരികമായി വിഷമം വന്ന് വിഷമിക്കുമ്പോ ബുർജാന്നോ എന്തോ വിളിക്കും അതിനെ ആ മഹാത്മാ പറഞ്ഞു നീ ശരീരം ഉപേക്ഷിക്കും നീ ഇങ്ങനെ വിഷമിക്കുന്നത് കാണാൻ എനിക്ക് വയ്യ ഉപേക്ഷിക്കൂന്ന് പറഞ്ഞു അപ്പൊ മരിച്ചു നായ ഈ മൃഗങ്ങളെയൊക്കെ സാധാരണ കൂട്ടത്തിൽ കൂട്ടാൻ രമണ മഹർഷിയുടെ കൂടെ ലക്ഷ്മി ഉണ്ടായിരുന്നു പശു രാവിലെ ആയാൽ നടക്കാൻ വരും വന്ന് മഹർഷിയുടെ മടിയിൽ തലവെച്ചു കൊടുക്കും ലക്ഷ്മി നീ വന്ദേ ലക്ഷ്മിക്ക് വാഴപ്പഴം കൊടുക്കണം ദിനമോ അത് വാഴപ്പഴത്തെ വാങ്ങി സാപ്പിട്ട് അവരെ പ്രദക്ഷിണം പണി അപ്പൊ ഒരു പ്രിയം മനുഷ്യളെ പ്രിയം അത് ലക്ഷ്മിക്ക് ഒരു നായ് ഇരുന്നത് കരുപ്പിക്കുന്ന നായ് മലേ മേലെ എങ്കോ ഒരു ഗുഹയെ ഉടക്കും ടൗൺലെ എങ്കോ യാറോ സാപ്പാട് കൊടുപ്പ സായന്ത്ര പോയി സാപ്പിട്ട് വരും അത് ഗുഹയിലേ പോയി ഉടക്കും അതുക്കൊം ഇവരെ പാത്തോടനെ ഇവകിട്ടമണ ഒട്ടി നിർത്ത നായ് സദസ് എല്ലാരും ഉടക്കാൻ ധ്യാനിച്ചിരിക്ക നായും അത് കാഷായം പോട്ട് കൊടുത്താ താ ഉറും ഇതെല്ലാം ഇന്ന സ്വഭാവത്തിലെ എന്നോ കാഷായ തുണി മേല അത് ഉക്കാരും കാഷായ തുണി മേലും ഉടക്കാൻ അവരെ പാത്ര ഉടക്കാൻ പൂർവ ജന്മത്തിൽ ഉള്ള സ്മൃതി യോഗ സ്മൃതി അപൂർവ മൃഗങ്ങളിലും കാണും ഇവിടെ നമുക്കിപ്പോൾ ഗുരുവായൂരിൽ ഗുരുവായൂർ കേശവന്റെ കഥ പ്രസിദ്ധമാണ് അങ്ങനെ എത്രയോ നമ്മൾ ശ്രദ്ധിക്കാതെ എത്രയോ കഥകളും ശ്രദ്ധിക്കാതെ എത്രയോ സംഭവങ്ങളും നടക്കും ചിലതൊക്കെ നമ്മൾ കഥയായിട്ട് പുറത്ത് പറഞ്ഞൊക്കെ കേൾക്കുള്ളൂ എത്രയോ മൃഗങ്ങൾ മൃഗയോനികളിലും ശ്രദ്ധിച്ചാൽ കാണാതെ നമുക്ക് മൃഗത്തിന്റെ രൂപത്തിൽ മഹാത്മാക്കൾ ഉണ്ടാവും ഉത്കരാമന്തം സ്ഥിതം വാപ്പി ഭുഞ്ചാനം വാ ഗുണാൻവിതം വിമൂഢാഹാനാണ് പശ്യന്തി പശ്യന്തി ജന ചുഷ ഈ മാനിന്റെ ശരീരം ഉപേക്ഷിച്ച് അടുത്ത ജന്മം അങ്കിരസഗോത്രത്തിൽ ഒരു ബ്രാഹ്മണന് ജനിച്ചു അദ്ദേഹത്തിന് മൂത്ത ഭാര്യയിൽ കുറച്ച് മക്കളുണ്ടായിരുന്നു അവരൊക്കെ വേദാധ്യയനവും ഒക്കെ ചെയ്തു എല്ലാ വൈദികന്മാരായിട്ടിരുന്നു രണ്ടാമത്തെ ഭാര്യയിൽ ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും അതിൽ ആൺകുട്ടിയായിട്ട് ഭരതൻ ജനിച്ചു അതാണ് ജഡഭരതൻ ആ ജന്മത്തിലെന്താ പേരും ഒന്നും ശ്രീസുബ്രഹ്മ മഹർഷി പറഞ്ഞില്ല അത്ര വലിയ മഹാപുരുഷനായതുകൊണ്ടോ ഒന്നും മിണ്ടിയില്ല ജഡഭരതൻ എന്ന് നമ്മൾ പറഞ്ഞു ജഡം പോലെ ആചരിച്ചത് കൊണ്ടോ അല്ല സ്മരിച്ച് ജഡ് വീണ്ടും ജന്മം എടുക്കേണ്ടി മറ്റും ജഡബോ ജഡം പോലെയുള്ള ആചരണം അദ്ദേഹത്തിന് ആ ജന്മത്തില് അദ്ദേഹത്തിന് കർമ്മമേ ഇല്ല ഈ ജന്മത്തിൽ ഒരു കർമ്മവും ഞാനായിട്ട് ചെയ്യില്ല തീരുമാനിച്ചു അദ്ദേഹം ഉദാസീന ചക്രവർത്തി ബാക്കി മക്കളൊക്കെ വേദാധ്യനും ഘനാന്തം നന്നാ വേദാധ്യനം പണിയാ ആമണർക്ക് എന്നും ഗായത്രി കൂടെ ഉപദേശം പണമില്ല പൂണെല്ലാം പോവ ഗായത്രി ഉപദേശം പണിട്ട് പിള്ള വായ തുറന്നാതന്നെ ചല്ലി കൊടുക്കരുത് ഗായത്രി ചൊല്ലേ സന്ധ്യാവന്തം പണ്ടതില്ലേ അനുഷ്ടം ഇല്ലേ ഒരു പ്രാമണനുക്ക് ഇത് മേല ദുഃഖം എന്നാലും പിള്ളേ സന്ധ്യാവന്തനം ഉണ്ടതിലെ ഒരേ ദുഃഖം എന്ന് ബ്രാഹ്മണൻക്ക് എന്നെ സന്ധ്യാ ഒരു ഗായത്രി കൂടെ ചൊല്ലമാട്ടേങ്കരാ നമുക്കിവിടെ കേരളത്തിലേക്ക് ആകശ്ശേരി വട്ടേരിയുടെ കഥ പറയും സന്ധ്യാവന്തരം കഴിക്കാതിരിക്കുമ്പോ ചോദിക്കത്ര എന്താ ഭട്ടേരി സന്ധ്യാവന്തനം കഴിക്കണില്ലേ ആ സൂര്യൻ അസ്തമിക്കട്ടെ ഏ സന്ധ്യയായി ഹൃദാകാശേ ചിദാദിത്യ സദാഭാസ ഉദയാസ്തമയോ നഷ്ട കഥം സന്ധ്യാമുപാസ്തമേ ഹൃദയമാവുന്ന ആകാശത്തില് ബോധസൂര്യൻ സദാ പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നു ഉദിക്കണില്ല അസ്തമിക്കണമില്ല എങ്ങനെ സന്ധ്യാവനം ചെയ്യും എന്നാൽ ബാക്കിയുള്ള അനുഷ്ഠാനങ്ങളൊക്കെ വെച്ചാൽ പെലയുണ്ടെന്നാണ് എന്താ പോലെ എന്ന് വെച്ചാൽ മൃത മോഹമയി മാത ജാത ബോധമയോ ശിശു രണ്ടും ഉണ്ടപ്പോ കുട്ടി ജനിക്കുകയും ചെയ്തു അമ്മ മരിക്കുകയും ചെയ്തു മോഹമാവുന്നു അമ്മ മരിച്ചു ജ്ഞാനമാവുന്നു കുഞ്ഞ് ജനിച്ചു അതുകൊണ്ട് ഈ പെലയുണ്ട് ആലാമയുണ്ട് അപ്പോ കർമ്മം വയ്യാന്നാണ് അത്തരത്തിലൊരു സ്ഥിതിയിലാണ് ഇവിടെ ഭരതൻ ജഡഭരതൻ യാതൊരു കർമാനുഷ്ഠാനവും ഇല്ല ഏട്ടന്മാരൊക്കെ ധരിച്ചു അച്ഛൻ ഇത് കണ്ടിട്ട് തന്നെ വേദന കൊണ്ട് മരണമായി മൂത്ത മക്കളെയൊക്കെ വിളിച്ചു പറഞ്ഞു ഇത് പാവ ഒരു മന്ദബുദ്ധി നല്ലവണ്ണം ശ്രദ്ധിച്ചു നോക്കിക്കൊള്ളണം നിങ്ങൾ വേണം അവനെ ശ്രദ്ധിക്കാൻ ഇദ്ദേഹത്തിന് മനസ്സിലായില്ല ത്രെയ്യാം വിദ്യായാമേവ പര്യവസിതമതയഹാണ് അത് പരവിദ്യായാം പരമാത്മവിദ്യയിൽ പോരാ വേദാധ്യനമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഈ ജ്ഞാനിയുടെ ആഴം അളക്കാൻ അവർക്ക് കഴിഞ്ഞില്ല ആ ജഡമതി ഹീ ഇയാൾ വരും ജഡമതിയാണ് ഇയാൾക്കൊന്നും അറിയില്ല മഠയം മന്ദബുദ്ധി എന്നൊക്കെ കരുതി എന്തെങ്കിലുമൊക്കെ തിന്നാൻ കൊടുക്കും പഴയതൊക്കെ തിന്നാൻ കൊടുക്കും ഒക്കെ ഭക്ഷിച്ചോളൂ എന്താ കൊടുത്തു അത് ഭക്ഷിച്ചോളൂ അപമാനിച്ചാൽ അത് സഹിച്ചോളൂ യാതൊന്നും അദ്ദേഹത്തിനും പ്രശ്നമല്ല അങ്ങനെ ഇരിക്കുമ്പോ ഒരിക്കലും കൃഷിസ്ഥലം കാവലിനായിട്ട് പിടിച്ചിരുത്തി അവിടെ ഇരുന്നു കാവലിലിരിക്കാന്ന് വെച്ചാൽ എന്താ പക്ഷികൾ വരാതെയും മറ്റുമൊക്കെ നോക്കണം അപ്പൊ സാധാരണ കാവലിലിരിക്കുന്ന ആളെങ്ങനെ ഇരിക്കണം ഇരിക്കാൻ പാടില്ല ഒന്നിൽ നിൽക്കണം ഇരിക്കുകയാണെങ്കിൽ ഉൽക്കുടി അങ്ങനെ കാലുകുന്തി ഇരിക്കണം എന്നാണ് ഇദ്ദേഹം എങ്ങനെയായിരിക്കുന്നത് വെച്ചാൽ എന്ന് വെച്ചാൽ എണീക്കാനൊന്നും ഉദ്ദേശിച്ചിട്ടില്ലേ ആന്നർത്ഥം ആ ഇരിക്കണ ഇരിപ്പ് കാൽമേൽ കാലിട്ട് വീരാസനത്തിൽ ഇരുന്നു കൊണ്ട് കൃഷി സ്ഥലം ഒരു കാട്ടാളൻ രാജാവ് അയാൾക്ക് മക്കളില്ല മനുഷ്യബലി കൊടുത്താൽ ഭദ്രകാളിക്ക് കൊടുത്താൽ മക്കളുണ്ടാവെന്ന് പറഞ്ഞു അതിനായിട്ട് ആരെയോ പിടിച്ചോണ്ട് വന്നു അയാൾ ഓടിപ്പോയി തോന്നും വേറെ ഒരാളെ അന്വേഷിച്ചു വരുമ്പോഴാണ് ഇതാ അവിടെ ഒരാൾ അനങ്ങാതെ ഇരിക്കുന്നുണ്ട് അപ്പൊ ഈ കാട്ടാളന്മാര് പറഞ്ഞു ഇതാ ഒരു തന്നെ നല്ല ശരീരം അതുണ്ട് ഭരതന് എലിഞ്ഞ ശരീരം ഒന്നുമല്ല നല്ല തടിച്ച ശരീരം എന്താന്ന് വെച്ചാൽ കിട്ടിയത് എന്താന്ന് വെച്ചാൽ ഭക്ഷിച്ചോളൂവേ യാതൊരു അധികവും നമുക്ക് ഇന്ന് ഇന്ന് മെഡിക്കൽ സയൻസ് പറയണു അധികവും സൈക്കോസോമാറ്റിക് ഡിസീസസ് ആണെന്നാണ് അധികവും പലതും മാനസിക രോഗമാണ് കുറച്ച് ശാരീരികമുള്ളൂ അപ്പൊ അദ്ദേഹത്തിന് മനസ്സേ അതുകൊണ്ട് അദ്ദേഹത്തിന് രോഗവും ഒരു പ്രശ്നവുമില്ല കിട്ടുന്നതൊക്കെ ഭക്ഷിച്ചോളൂ എന്താണെന്ന് വെച്ചാൽ ഭക്ഷിച്ചോളും അത് പിണ്ണാക്കാണെങ്കിലും വേണ്ടില്ലേ തിന്നോളൂ എന്നാണ് അപ്പൊ ഇവിടെ ഇപ്പോ അനങ്ങാതിരിക്കുന്നുണ്ട് ഈ കാട്ടാളന്മാർ പറഞ്ഞു ഇവനെ കൊണ്ടുപോയാലോ അത് മനുഷ്യനാണോ എനിക്ക് തോന്നുന്നു അത് വിഗ്രഹമാണോ സംശയം അനക്കല്ല കണ്ണ് തുറന്നിട്ടുണ്ട് എന്നാ കണ്ണ് ചമിട്ടുണ്ടോ കണ്ണ് ചമിട്ടുണ്ടോ എവിടെയോ ദൃഷ്ടിയാണ് എവിടെയാ നോക്കണ ആകാശത്തിൽ എന്ന ഒരു ദൃഷ്ടി തദ്വിഷ്ണോ പരമം പദം സദാ പശ്യന്തി സൂരയ എവിടെയോ ആകാശത്തിൽ എന്ന ഒരു ദൃഷ്ടിയാണ് പക്ഷെ എവിടെയാ ദൃഷ്ടി വിഷ്ണോഹോ പരമം പദം സദാ പശ്യന്തി ആ പരമപദത്തിനെ ഹൃദയത്തിൽ കണ്ടുകൊണ്ടേയിരിക്കുന്നു കണ്ണ് തുറന്നിരിക്കേണ്ടത് നിശ്ചലമായിട്ട് ഇരുപ്പ് ഇവരടുത്തു വന്നു അപ്പോഴും അനക്കല്ല ഇത് എന്ത് സത്വവും ഈ കണ്ടാൽ തന്നെ ഭയപ്പെടും യാതൊരു അനക്കില്ല പിടിച്ചെഴുന്നേപ്പിച്ചപ്പോ എഴുന്നേറ്റും കൂട്ടിക്കൊണ്ടുപോയപ്പോ നടന്നു ഇവർ പറഞ്ഞു നമുക്ക് സൗകര്യമായി ഇങ്ങനെ കിട്ടിയല്ലോ കൊണ്ടുപോയി ആ ബലിപീഠത്തിന് മുമ്പിൽ കൊണ്ടുപോയി നിർത്തി ആ ബലിപീഠം കണ്ട ആർക്കും അറിയാൻ കൊല്ലാൻ പോകുകയാണെന്ന് അറിയാം എല്ലാം ചെമ്പരത്തിപ്പൂമാലയും കയ്യിലും ആളും ഒക്കെ ആയിട്ട് യാതൊന്നുമില്ല അഭയം വൈജനകപ്രാപ്തോ സി മൃത്യുറിസ്യ ഉപസേചനം എന്നാണ് മൃത്യു ജ്ഞാനികൾക്ക് കൂട്ടിക്കഴിക്കാനുള്ള പോലെ ഉപ്പേരിയോ അവിയലോ ഓലനോ ഒക്കെ പോലെയാണ് ഉപസേചനം അപ്പോ യാതൊന്നും പ്രശ്നമല്ല ശരീരം ഇങ്ങനെയാണോ വീണ് പോണ്ടത് പോട്ടെ എന്ന് വന്ന് ഇരിക്കാനോ അവിടെ ഇപ്പൊ ഇവര് കയ്യിൽ വാഴയൊക്കെ പിടിച്ച് ബലി കൊടുക്കുന്നതിന് മുമ്പ് കുളിപ്പിക്കുക നല്ലവണ്ണം ഭക്ഷണം കൊടുക്കുക അതൊക്കെയാണ് ആരെങ്കിലും ഭക്ഷണം കഴിക്കോ ബലി കൊടുക്കുന്നതിന് മുമ്പ് ഇപ്പൊ കൊല്ലാൻ പോവാണ് നിങ്ങൾക്ക് നല്ല സദ്യ ചാപ്പാട് ആര് കഴിക്കും ഇദ്ദേഹത്തിനെ കുളിപ്പിച്ചു കുറെ ദിവസമായി കുളിച്ചിട്ട് കുളിപ്പിച്ചപ്പോ കുളിച്ചു ഭക്ഷണം കൊടുത്തപ്പോ നല്ലവണ്ണം ചാപ്പിട്ടു അതും കുഴപ്പമില്ല ഭക്ഷണം കഴിഞ്ഞ് വെട്ടാനായിട്ട് വാളുബന്ധിക്കാണ് ആരെയാണ് വെട്ടാൻ പോകുന്നത് ശ്രീശിവബ്രഹ്മഹർഷി പറയുന്നു സർവഭൂതസുഹൃദ സർവഭൂതസുഹൂർത്തത് ബ്രഹ്മഭൂതയെ സാക്ഷാത് ബ്രഹ്മർഷിസുത സൂനാ നിർവൈരസഭൂതസുഹൃദ സൂനാമപ്യനനുമതം आलम्बनम तदुपलभ्य ब्रह्मतेजसा अति दुर्विषेण दंदह्य वपुषा सहसा उच्छाट शी भद्रकाी अष्टभुजांगी महिष्य मर्दि महिषासुर मदी अवड़ आविर्भवचु अनेक दिव्यायुध आविर्भवि इवर तल वि कंदक्रीड का चेत काो കാളിയുടെ അടുത്തെങ്കിലും വല്ല അമ്മയെ എന്നെ രക്ഷിച്ചു വല്ലതും നന്ദി വല്ല താങ്ക്സ് വല്ലതും പറയണോ ഒന്നുമില്ല അവിടുന്ന് ഇറങ്ങിപ്പോയി കാളി പോലും ആശ്ചര്യപ്പെട്ടുണ്ടാവും ഇങ്ങനെ ഒരു ജീവനോ ഒന്ന് തിരിഞ്ഞു നോക്ക് എന്താ മരിക്കാനായിട്ടില്ല അതാണ് ഇപ്പോ കാളി വന്ന് രക്ഷിച്ച ശരി ആവട്ടെ അവിടുന്ന് ഇറങ്ങി പുറപ്പെട്ടു പോയി ഇനിയിപ്പോ എന്തോ ഒരു പ്രാരബ്ധുണ്ട് ഇനി എന്താ പ്രാരബ്ധം സിന്ധു സൗകര്യ മെയിൻ റോഡ് അവിടെയാണ് അദ്ദേഹത്തിന്റെ അടുത്ത പ്രാരബ്ധം അവിടെ വന്നിരുന്നു അടുത്തത് കാത്തുകൊണ്ടിരിക്കുകയാണ് അപ്പഴേതാ സിന്ധു സൗവീര്യത്തിലെ ദേശ രാജാവ് രഹൂഗണനെ ഒരു ചപ്രമഞ്ചത്തിൽ വഹിച്ചു കൊണ്ടുപോയിരുന്നു നാല് അവര് പറഞ്ഞു ഒരാളും കൂടെ നമുക്ക് നല്ല വണ്ണം പോകും വണ്ടി ആരെങ്കിലും കിട്ടുകയോ നോക്കാൻ പറഞ്ഞു അപ്പുണ്ടേതാ നല്ല ബലമായിട്ട് ഒരാൾ എരിപ്പുണ്ട് വിളിച്ചപ്പോ പോന്നു ആ മഞ്ചത്തിന്റെ ഒലക്കെ തോള് വെച്ചു കൊടുത്തു നടക്കാൻ പറഞ്ഞപ്പോ നടന്നു പക്ഷെ പതുക്കെയാണ് നടപ്പ് ചവിട്ടൽ ഉറുമ്പ് പോലും ചവിട്ടാതെയാണ് നടപ്പ് രാജാവിന് ഒരു വിഷമം രാജാവ് ഇപ്പൊ എവിടേക്കാണ് പോണത് അതും കൂടി പറയണമല്ലോ എവിടെയോ കപില മഹർഷിയുടെ ലെക്ചറുണ്ട് അത് കേൾക്കാൻ പോവണം എവിടെയോ കപില മഹർഷിയുടെ സത്സംഗത്തിലേക്ക് പോകുന്ന വഴിയിലാണ് ഇപ്പൊ എന്താ ഈ ഒരു മഹാത്മാവിനെ കൊണ്ടിപ്പോ മഞ്ചം എടുപ്പിച്ചത് അപ്പൊ പോണ വഴിയിൽ രാജാവ് ചോദിച്ചു എന്താ ഈ പതുക്കെ പോണത് എത്ര നേരം സമമായിട്ട് പോയിപ്പെന്താ ഒരു വിഷമം ീ വാഹകന്മാർ പറഞ്ഞു രാജാവേ ഞങ്ങളല്ല കുഴപ്പം ഇപ്പൊ പുതിയ ആള് വന്നിരിക്കണം അയാൾ നടക്കണം കണ്ടാ തോന്നുന്നു അയാൾ തനിച്ചാണോ വഹിക്കണതെന്ന് തോന്നുന്നു അപ്പോ ഒരുപക്ഷെ വൃദ്ധനായിരിക്കോ എന്ന് സംശയിച്ച് രാജാവ് തലപ്പുറത്തേക്ക് ഇട്ട് നോക്കി നല്ല യുവാവ് നല്ല ശരീരം ബലത്തെ ശരീരം രാജാവിന് പരിഹാസബുദ്ധി തോന്നി ഏറ്റവും സ്ഥൂല മനസ്സിന്റെ സ്വഭാവമാണ് ഈ പരിഹാസബുദ്ധി പരിഹാസബുദ്ധി രാജാവ് പറഞ്ഞു അഹോ കഷ്ടം രാത വ്യക്തം ഒരു പരിശ്രാന്ത ഓ സഹോദര ഇത്ര ദൂരം തനിച്ച് നടന്ന് പരിശ്രാന്തനായി തീർന്നിരിക്കുന്നു ദീർഘമധ്വാനം ഏകയേവിവാൻ സുചിരം ജലസാധോദ്രുത നിനക്ക് വൃദ്ധനായിരിക്കണു പാവം മെലിഞ്ഞ ശരീരം വാർദ്ധക്യമായിരിക്കണു എന്നൊക്കെ കുറെ പരിഹസിച്ചിട്ടും തിരിഞ്ഞേ നോക്കിയില്ല എന്താന്ന് വെച്ചാൽ ആരെയാ പറയണത് എന്നെയല്ലോ ശരീരത്തിനെയല്ലേ രമണ മഹർഷിയോട് ഒരു ഭക്തൻ ചോദിച്ചു നമ്മളെ ആളുകൾ ചീത്ത പറഞ്ഞാൽ എന്തു വേണം എന്ന് ചോദിച്ചു അപ്പൊ മഹർഷി പറഞ്ഞു നീ അവൻ്റെ കൂടെ ചേർന്ന് ചീത്ത പറയൂ അവൻ എന്തിനാ ചീത്ത പറയണത് ശരീരത്തിനെ അല്ലേ നിന്നെ അല്ലല്ലോ ഈ ശരീരത്തിനെ നീ തന്നെ നിഷേധിച്ചു നീക്കേണ്ടതാണ് അതിനവൻ ഉപകാരം ചെയ്തതല്ലോ അവന്റെ കൂടെ ചേർന്നോള അപ്പൊ ഇയാൾ രാജാവ് കൊറേ ചീത്ത പറഞ്ഞു ഇതി ബഹുവിപ്രലബ്ധോപി अविद्यया रचित द्रव्य गुण कर्माशय स्वचर वेस्तुनी संस्थान विशेष अहम अोपित मिथ्या शरिथ शरीर चीत विरहसो ते चीत वि अद्क्यूल झी नोकूल कुरे कैश्यु या राजादे बहुमाना നീ ഇങ്ങനെ നടക്കുന്നു തന്നെ ഞാൻ ദണ്ഡിക്കും എന്നൊക്കെ കുറെ പറഞ്ഞു ഒരു പക്ഷേ ജടഭരതൻ ഈ ജന്മത്തിൽ ആരെയും നോക്കിയിട്ടേ ഉണ്ടാവില്ല കണ്ണൊക്കെ തുറന്നിട്ടുണ്ടെന്നല്ലാതെ എല്ലായിടത്തും ഉദാസീന ഭാവമാണ് ഒരാളെയും ശ്രദ്ധിച്ചിട്ടേ ഇല്ല അദ്ദേഹം ലോകത്തിൽ ഇവിടെ ഒന്ന് ശ്രദ്ധിക്കാതെ അദ്ദേഹത്തിന് ഒന്നിലും താല്പര്യമില്ല ഒരു പക്ഷെ ആദ്യമായിട്ട് രാഹുഗണനെ ഒന്ന് നോക്കി ആ ഒരേ ഒരു നോട്ടം ആ ദൃഷ്ടി രാജാവ് ചൂളിപ്പോയി ആദ്യമായു ആയതർക്കം ചെയ്തു തന്നെ ഞാൻ ശിക്ഷിക്കും അടിക്കും എന്നൊക്കെ പറഞ്ഞുവല്ലോ തനിച്ചു വഹിക്കുകയാണ് എന്നൊക്കെ പരിഹരിച്ചതിനൊക്കെ ഉത്തരം ത്വയോദിതം വ്യക്തമവിപ്രലബ്ധം ഭർത്തുസമേ സാദ്ദി വീരഭാരം ഗന്തുയതി സാദ് അധിഗം യമധ്വാതി രാശൌനവിദം പ്രവാദ വ്യാദയ ആദയശ ചുട്ടുട്ഭയം കലിരിച്ഛാജരാജ നിദ്രാരതിർമുരഹം ശുചോ ദേഹേന ജാത്യിമേന സന്ത ജീവന്മൃതം നിയമേന രാജൻ ആദ്യവയ വികൃത ദൃഷ്ട സ്വസ്വാമ്യഭാവോ ധ്രുവീഡ്യ തുച്യതേസോ വിധിഗോകു വിവരം അനഃച് പശ്യമയ വ്യവഹാര ക ഈശ്വര തീരുതവ്യം തധാരാജന് കരമാമിം തേ ഉന്മത്തമത്ത ജടവത് സ്വ സംസ്ഥതസ്ഥീരചിക്സിത അർത്ഥിയ ശിക്ഷിത സ്തബപ്രമസിശേ രാജൻ അവിടുന്ന് പറഞ്ഞത് ഞാൻ അല്പമൊന്ന് പറയാം ഞാൻ ഭാരമേ വഹിക്കണില്ലല്ലോ ഞാൻ ഒന്നും ഒരു ഭാരവും വഹിക്കുന്നില്ല ഞാൻ എന്തെങ്കിലും ഭാരം വഹിക്കുന്നുണ്ടെങ്കിലല്ലേ എനിക്ക് ഭാരമാവാൻ ഞാൻ ഒരു സ്ഥലത്ത് നിന്നും ഒരു സ്ഥലത്തേക്ക് പോകാൻ എനിക്കൊരു സ്ഥലം യാത്ര ചെയ്യാം ഗന്ധുഭൂ യതിസ്യാത അധികമ്യ മധ്വ തടിച്ചത് എന്നുള്ളതൊക്കെ ശരീരത്തിനാണ് എനിക്കില്ല വിശപ്പ് ദാഹം ഇതൊക്കെ പ്രാണന്റെ ധർമ്മമാണ് എന്റെ കാമം ക്രോധം കളിരിച്ഛാ ജരാച കാമം ക്രോധം മുതലായിട്ടുള്ളതും ഉറക്കം മുതലായിട്ടുള്ളതും ഒക്കെ മനസ്സിന്റെയാണ് അതൊന്നും എന്റെ ധർമ്മമല്ല ഇതൊന്നും ഞാനല്ല നീ ജീവശവമാണോന്ന് ചോദിച്ചു ജീവിച്ചിരിക്കുന്നത് ശവമാവില്ല ശവം ജീവിക്കുകയില്ല ശവം നടക്കുന്നു അതൊരാശ്ചര്യം അതിനകത്തിരിക്കുന്ന ജീവനോ ഇതോട് ബന്ധമേ തന്നെ അടിക്കും ശിക്ഷിക്കുന്ന നീ ആരെന്നെ അടിക്കാൻ ഞാനേ ഇതിനെ വിശപ്പ് എന്ന് വെച്ചാൽ വിശന്നുകൊണ്ട് കിടന്നു തണുപ്പെന്ന് വെച്ചാൽ തണുപ്പ് സഹിച്ച് ചൂട് എന്ന് വെച്ചാൽ ചൂട് സഹിച്ച് ആരെങ്കിലും ചീത്ത വിളിച്ചാൽ അതൊക്കെ കേട്ട് ഞാൻ അടിച്ചതിന് മേലെയാണിപ്പോ നീ അടിക്കാൻ പോണത് പൊടിച്ചതിന് ഇനി എന്ത് പൊടിക്കാം പിഷ്ട ഞാൻ തന്നെ ഇതിനെ നല്ലവണ്ണം പേഷണം ചെയ്ത് അരച്ച് മാവാക്കിയിരിക്കുന്നു ഇതിന് മേലെയാണിപ്പോ നീ ഈ ശരീരത്തിൽ വലതും ഫലിക്കാൻ പോണത് ഹേ രാജൻ ഇതൊന്നും എന്നെ ബാധിക്കുന്നില്ല ഞാൻ ഈ ശരീരമേ അല്ല ദേഹേന ജാതസ്ഹിമേന സന്തി എന്നുള്ളതിനൊരു വ്യാഖ്യാനം പറഞ്ഞു ഞാൻ ജനിക്കുമ്പോഴേ ദേഹത്തോട് ജനിച്ചിട്ടില്ല എന്നുവെച്ചാൽ ജനിക്കുമ്പോൾ തന്നെ എനിക്ക് ദേഹവുമായിട്ട് യാതൊരു ബന്ധവുമില്ല ഈ ദേഹത്തിനെ നിങ്ങൾ ആരാധിച്ചാലും കുഴപ്പമില്ല അപമാനിച്ചാലും കുഴപ്പമില്ല സാധുവി പൂജ്യമാനേബി പീഢ്യമാനേബി ദുർജനൈഹി സമഭാവോ ഭവേത് യസ് സജീവൻമുക്ത ലക്ഷണ യാതൊന്നും എന്നെ ബാധിക്കില്ല ഇത് കേട്ടതോടുകൂടെ രാജാവിന് അടിവയറ്റൊന്ന് ഇലക്ട്രിസിറ്റി വിദ്യുത് പ്രവാഹം പേടി എന്താന്ന് വെച്ചാൽ അദ്ദേഹത്തിന് അറിയാം മഹാത്മാക്കളെ കുറിച്ചൊക്കെ അപചാര അഹങ്കാരം കൊണ്ട് അറിയാതെ ചെയ്തുപോയി കപിലിന്റെ അടുത്ത് ഉപദേശം വാങ്ങിക്കാൻ പോണതാണല്ലോ അപ്പൊ പോണ വഴിയിലാണ് ഇതൊന്ന് കണ്ടത് രാജാവ് വേഗം മുകളിൽ ചുവട്ടിലേക്ക് ചാടി സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു കണ്ണീരിൽ കുതിർന്നുകൊണ്ട് കണ്ണീര് വിട്ടുകൊണ്ട് രാജാവ് ചോദിച്ചു ഏ പ്രഭു അവിടുന്ന് ആരാണ് കസ്വൂഢിഷി സൂത്രം കഥമോവധൂത കൂത്ര चेवाय नेत सिोदशुक्ल नाभं विशंगे सुरराज वज्रा न्यक्षशला नमस्य पाशादंडानेक सोमाल विवस्त्रा शके बृशं ब्रह्मफुलाव हे राज हे, हे भगवन अवं नारायण ബ്രാഹ്മണരെ പോലെ പൂണോലിട്ടിട്ടുണ്ട് പക്ഷെ ആ പൂണോൽ ഒരു മഷിനാണ് അത് മുഴുവൻ ഒരു പക്ഷെ പൂണോലിട്ട് കൊടുത്ത ദിവസം ഇട്ടുകൊടുത്ത പൂണിലാണ് അതൊന്നും മാറ്റലൊന്നും കിടയത് ഒരേ പൂണലാണ് അത് അത് മുഴുവൻ മഷി പിടിച്ച പോലെ ആയി കറുത്ത് കരുവാളിച്ച് ബ്രാഹ്മണനെ പോലെ ഉണ്ട് എന്നാ ബ്രാഹ്മണന്റെ ലക്ഷണവും കാണാനില്ല വിവക്ഷി സൂത്രം കഥമോത അവിടുന്ന് അവധൂതനാണ് എന്തിനാണ് അങ്ങനെ സഞ്ചരിക്കുന്നത് അങ്ങ് ആരാണ് സനത്കുമാരനാണോ കപില ഭഗവാനാണോ എന്നെ പരീക്ഷിക്കാനായിട്ട് എന്റെ മുമ്പിൽ വന്നതാണോ ഞാൻ ദേവേന്ദ്രനെ വജ്രത്തിനെ ഭയപ്പെടുന്നില്ല യമന്റെ ദണ്ഡത്തിനെ ഭയപ്പെടുന്നില്ല വരുണപാശത്തിനെ ഭയപ്പെടുന്നില്ല ശിവശൂലത്തിനെ ഭയപ്പെടുന്നില്ല പക്ഷെ അറിയാതെ ജ്ഞാനികൾക്ക് എവിടെയെങ്കിലുമൊക്കെ ഒരു അപമാനം വരുത്തുക ആലോചിച്ചാൽ തന്നെ എനിക്ക് ഭയം തോന്നുന്നു പ്രഭു ഞാനിവിടെ കപില ഭഗവാന്റെ അടുത്ത് ഉപദേശം വാങ്ങിക്കാനായിട്ട് പോവാണ് അഹം ജയോഗേശ്വരമാത്മതത്വവിതാം മുനീനാം പരമം ഗുറും പ്രഷ്ടും പ്രവൃത്തണം താക്ഷാദ് ഹരികലാവതി രാജാവ് പറയാണ് സാക്ഷാത് ഹരിയെ ജ്ഞാനകലയോടുകൂടെ അവതരിച്ച കപില ഭഗവാനെടുത്ത് ഉപദേശം വാങ്ങിക്കാം ഉപദേശം കൊടുക്കുന്ന ആൾക്ക് യോഗ്യതയുണ്ട് അങ്ങേക്ക് എന്തുണ്ട് പ്രഭു ഈ ഗൃഹസ്ഥാശ്രമത്തിൽ പൊട്ടക്കനത്തിലും വീണ് കിടക്കുന്ന എന്നെ അന്ധബുദ്ധികൾക്ക് അങ്ങേ യോഗേശ്വരന്മാരെ അറിയാൻ സാധ്യമല്ല അദ്ദേഹം ഒന്നും ഉണ്ടരുന്നില്ലേ രാജാവ് ഇത്ര നേരം പ്രസംഗിച്ചിട്ടും തന്നോടാണെന്നുള്ള മട്ടേ ഇല്ലാതെ നിൽക്ക ബാക്കിയുള്ളവരൊക്കെ മഞ്ചൻ ചോട്ടൽ വെച്ചപ്പോ അദ്ദേഹവും വെച്ചു അവരെടുത്തു പോയിരുന്നു രാജാവ് അദ്ദേഹത്തിനെ കൊണ്ട് എങ്ങനെയെങ്കിലുമൊക്കെ പറയിപ്പിക്കണമല്ലോ അതിനുവേണ്ടി പറഞ്ഞു അവിടുന്ന് പറഞ്ഞു ഞാൻ ശരീരമല്ല ശരീരത്തിനുള്ളതൊന്നും എന്നെ ബാധിക്കണമില്ല എന്ന് പറഞ്ഞു അതെങ്ങനെ ശരിയാവും അടുപ്പ് വെച്ച് അടുപ്പിൽ പാത്രം വെച്ച് പാത്രത്തിൽ വെള്ളമോ പാലോ ഒഴിച്ചാൽ അല്ലെങ്കിൽ പാ വെള്ളമൊഴിച്ച് വെള്ളത്തിൽ അരിയിട്ടാൽ ഈ വെള്ളം ചൂടായി തിളച്ച് അരി വേവണം അഗ്നി സംഘർഷം കൊണ്ട് അഗ്നിയുമായിട്ട് സന്നിഖർഷമായിട്ടുള്ളത് ഈ ചട്ടി ചൂടായി ചട്ടിയിലുള്ള വെള്ളം ചൂടായി അരി വേവണ പോലെ ശരീരത്തിൻ്റെ ഉള്ളിലല്ലേ ആത്മാവ് ഇരിക്കുന്നത് അപ്പൊ ശരീരസമ്പർക്കം വന്ന് ശരീരത്തിന് വേദന വരുമ്പോൾ മനസ്സിന് വേദന ഉണ്ടാവുന്നു മനസ്സിന് വേദന ഉണ്ടാവുമ്പോൾ ആത്മാവിന് വേദനിക്കില്ലേ വിഷമിക്കില്ലേ ഇതൊക്കെ തന്നെ അടുത്തിരിക്കുന്നത് കൊണ്ട് അതിന് ഉണ്ടാവില്ല എന്ന് പറയണത് എങ്ങനെ പിന്നെ അങ്ങ് എന്നെ ചീത്ത പറയണമല്ലോ ഞാൻ സ്വധർമ്മമല്ലേ ചെയ്യണത് സ്വധർമ്മം ആരാധനം അച്യുതസ് അവനവന്റെ ധർമ്മം കൊണ്ട് അച്യുതനെ ആരാധിക്കണ്ടേ എന്നൊക്കെ ചോദിച്ചപ്പോ ഉറക്ക ചിരിച്ചു അത്ര ഏ രാജൻ അവിടുന്ന് പണ്ഡിതന്മാരെ പോലെ എന്തൊക്കെയോ പറയണു പക്ഷേ അറിവുള്ളവർക്ക് അറിയാം അങ്ങേക്ക് ഒരു ചുക്കും അറിയില്ല അകോവിദ കോരിഷ്ഠ സൂരയോഹി വ്യവഹാരമേനം തത്വാമർശേന സഹാമനന്തി ജ്ഞാനികൾ ഇതിനെ തത്വസവാദത്തിലേക്ക് സ്വീകരിക്കില്ല എന്ത് വെട്ടിത്വമാ അങ്ങ് വിളിച്ചു പറഞ്ഞത് നീ ശരീരം എവിടെ ജ്ഞാനം എവിടെ ക്ഷേത്രം എവിടെ ക്ഷേത്രജ്ഞനെവിടെ കുറെ എലുമ്പും ഞരമ്പും ഒക്കെ കൂട്ടിക്കെട്ടി അതിനകത്ത് മാംസം കുത്തി നിറച്ച് ഈ ശരീരത്തിന് സംഘാതം എന്ന് പേര് ഈ സംഘാതത്തിനെ മുഴുവൻ പ്രകാശിപ്പിച്ചുകൊണ്ട് നിൽക്കുന്ന ക്ഷേത്രജ്ഞനുണ്ടല്ലോ ആ ക്ഷേത്രജ്ഞൻ വാസുദേവനാണ് ഈ ശരീരാഭിമാനത്തിനെ വിട്ട് യാവദേ താം തനുഭിൻ നരേന്ദ്ര വിധൂയമായാം വൈനോദയേനെ വിമുക്തസങ്കോചിതത്നോ വേദ ആത്മതത്വം ഭ്രമതീഹ താവത്ത് ആത്മതത്വത്തിന് അറിയുന്നവരെ ഇങ്ങനെ ഈ ഭ്രമണം ഉണ്ടായിക്കൊണ്ടേയിരിക്കും അതുകൊണ്ട് ഹേ രാജൻ അവിടുന്ന് ഈ പറഞ്ഞത് മുഴുവൻ വിഢിതമാണ് ई शरम संघात अभिमान शरीर चैतन्यूटिकुचानी आज्ञान मुंम कु उपदेशु राजमस्क नमो नमस्कार विग्रह स्वरूप तुच्छी विग्रह नमो अवधूत द्विजबंधु लिंग निगू नित्यानुभव्य प्रभु അവിടുത്തെ ശരീരം എന്നെ അനുഗ്രഹിക്കാനായിട്ട് നിൽക്കുന്ന കാരണവിഗ്രഹമാണ് സ്വരൂപാനുഭവം കൊണ്ട് തുച്ഛമാക്കി കണക്കാക്കിയിരിക്കുന്ന ഈ ശരീരം എന്നെ അനുഗ്രഹിക്കാനായിട്ടാണ് ദാപ്പ് ഇവിടെ എഴുന്നള്ളിയിരിക്കുന്നത് അവിടുത്തെ വാക്ക് മരുഭൂമിയിൽ മഴ പോലെ മരിക്കാൻ കിടക്കുന്ന ആൾക്ക് അമൃതം കിട്ടിയ പോലെ വ്യാധിഗ്രസ്തന് ഔഷധം കിട്ടിയ പോലെ എന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു ജ്വരാമയാർത്ഥ്യ യഥാഗതം സത് നിദാഗത യഥാ ഹിമംഭഹ കുദേഹമാനാഹി വിദഷ്ട ദൃഷ്ടേഹേ ബ്രഹ്മൻ വചഹാത്തേ അമൃതം ഔഷധം മേ അവിടുന്ന് ആരാണ് പറയൂ എന്ന് പറഞ്ഞു ഓഹ് ഞാനോ ഈ ജനം ആരാണെന്നാണോ ചോദിക്കണത് ഹേ രാജൻ രണ്ടു മുള മുളയിൽ കുറെ ഞരമ്പൊക്കെ വെച്ച് കെട്ടി മാംസം നിറച്ചു അതിന് കാല് എന്ന് പേര് അതിന് മേലെ മുട്ട് തൊട അതിനു മേലെ ഒരു പാന പോലെ ഒരു അതിന്റെ മേലെ ഒരു തോള് രണ്ട് കൈ തോളിന്റെ ഒരു ഒലയ്ക്ക അതിന്റെ ഒരു പീഠം അതിലൊരു മാംസപിണ്ഡം ഇരുന്നിട്ട് പറയണു ഞാൻ സിന്ധുഷു രാജാസ്നി ഇതിയാണ് ഞാൻ സിന്ധു സൗവീരദേശത്തിലെ രാജാവാണെന്ന് പറയണു എന്നിട്ട് ഈ സാധുക്കളെയൊക്കെ ചീത്തയും പറഞ്ഞ് തല്ലുകൊക്കെ ചെയ്ത് സ്വധർമ്മം ആരാധന അച്യുതസ്സ്യെന്ന് അതിനൊരു വാദം വരെ ഹേ രാജൻ എപ്പോഴാണോ അങ്ങ് അജ്ഞാനം നീക്കി വാസുദേവതത്വത്തിനെ സാക്ഷാത്കരിക്കുന്നത് അപ്പോഴേ അങ്ങേക്ക് വിമുക്തി കിട്ടുള്ളൂ എന്നെക്കുറിച്ചൊന്നും ഇപ്പൊ ചോദിക്കേണ്ട എന്താണ് ഭഗവാനെ വാസുദേവതത്വം ജ്ഞാനം വിശുദ്ധം പരമാർത്ഥമേകം അനന്തരം ത്വബി ബ്രഹ്മസത്യം പ്രത്യപ്രശാന്തം ഭഗവത് ശബ്ദസം യത് വാസുദേവം കവയോ വശുദ്ധമായ ജ്ഞാനം രണ്ടില്ലാത്തതായ അദ്വൈതമായ ജ്ഞാനം അബഹിഹി പുറത്തില്ല അത് പുറത്ത് തെടിയാക്കിട്ടില്ല അതിനെ ബ്രഹ്മം എന്ന് പറയണം അത് എല്ലാ കാലത്തിലും ബാധിക്കപ്പെടാത്ത സത്യമാണ് പ്രത്യക് പ്രശാന്തം ചിത്തത്തിനൊക്കെ സാക്ഷിയായി എല്ലാത്തിനും പുറകെ നിൽക്കുന്നു ശാന്തിയെ അതിന്റെ സ്വരൂപം ഭഗവത് ശബ്ദസത്യം ഭഗവാൻ എന്ന് വിളിക്കുന്നു ഈ ജ്ഞാനം എങ്ങനെ ഉണ്ടാവും നന്ദസാം രഹുഗണൈതീ യാ നിർവപണാത് ഗൃഹാത്വാം നന്ദസാനവ ജലാഗ്നി സൂര്യ വിനാ മഹത്പാദരജോഭിഷേകം മഹാത്മാക്കളുടെ പാദരജസ് കൊണ്ട് അഭിഷേകം ചെയ്യ മഹാത്മാക്കളുടെ പാദരജസ്സിനെ ഉപാസിക്കാന എന്നാൽ ഈ ഭക്തി ഉണ്ടാകും ഭഗവത് അനുഭവം ഹൃദയത്തിൽ ഉണ്ടാകും എന്നുവെച്ചാൽ അതിനർത്ഥം എന്താ അഹങ്കാരം പോണം അത്രയേ ഉള്ളൂ അല്ലാതെ ഫാദർ രജസ് ഒരു ടെക്നിക്കല്ല ഇത് ഇതിപ്പോ ഭാഗവത്തിൽ പറഞ്ഞാൽ ഇന്നത്തെ ആളുകളും എന്ത് ചെയ്യും കുറെ മഹാത്മാക്കൾ നിന്നാൽ അവരുടെ ചോട്ടിലുള്ള മണ്ണൊക്കെ എടുത്ത് പാക്ക് ചെയ്ത് അഡ്വർട്ടൈസ് ചെയ്ത് അയച്ചിരുന്നു ഫാദർ രജസ് എന്നുള്ളതിനർത്ഥം അഹങ്കാര ക്ഷയം അഹങ്കാരം അഹങ്കാരം അതിനേക്കാളും പ്രബലമായ ഒരു സന്നിധിയിലെ അടങ്ങൂ ഗുരുവായൂരപ്പിന്റെ മുമ്പിൽ ചെല്ലുമ്പോൾ തനിയെ അടങ്ങും മഹാത്മാക്കളുടെ മുമ്പിൽ ചെല്ലുമ്പോൾ നമ്മളെ അറിയാതെ നമ്മൾ അടങ്ങും ആ അടക്കത്തിനാണ് മുഖ്യം കൊടുക്കണത് അഹങ്കാരത്തിന് അഹങ്കാരത്തിന് അടക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഒരു സൂത്രവും ഫലിക്കാത്തത് തമിഴൊരു സിദ്ധൻ പറഞ്ഞു എന്ത് വേണമെങ്കിലും ചെയ്യാം ജപം ചെയ്യാം യോഗം ചെയ്യാം പ്രാണായാമം ചെയ്യാം സിദ്ധികൾ നേടാം പക്ഷെ തന്നെ ഇല്ലാതാക്കുക എന്നുള്ളത് മാത്രം ചെയ്യാൻ ഒരു വഴിയും കാണാനില്ല എന്നാണ് തന്നിഴപ്പ എന്ന കറ്റ് സാധിപ്പൻ തന്നെ ഇഴക്കുക തന്റെ അഹങ്കാരത്തിന് ഇല്ലാതാക്കുക എന്നുള്ളത് അതിന് ചെയ്യാൻ പുറപ്പെട്ട എനിക്ക് അഹങ്കാരമില്ല എന്നൊരു തോന്നല് ദുഃക്ക വരും അപ്പൊ അദ്ദേഹം അവസാനം പറയണത് ഇത് ഒരു സ്ഥലത്തെ ഇല്ലാതാവുള്ളൂ സദ്ഗുരുവിന്റെ സന്നിധിയിൽ പോകുമ്പോ തനിയും അടങ്ങും ആ സാന്നിധ്യം സദ്ഗുരുവാം വന്നും പെരും ചെയ്യം മതയാനയി സ്വപ്നത്തെ വലിയ കൊമ്പനാനയെ പോലെയുള്ള അഹങ്കാരം കൊമ്പനാന ഒരിടത്തെ അടങ്ങുകയുള്ളൂ സിംഹത്തിനെ സ്വപ്നത്തിൽ കണ്ട് ഹാർട്ട് അറ്റാക്ക് വന്ന് മരിക്കൂ അത്ര അതുപോലെ ഈ അഹങ്കാരത്തിന് ഗുരുസ്മരണമതി നേരിട്ട് കാണണമെന്ന് പോലുമില്ല ഗുരുസ്മരണയുണ്ടെങ്കിൽ തന്നെ ഈ അഹങ്കാരത്തിനടക്കം അതാണ് ഇവിടെ ഉപദേശിച്ച് ഭരതൻ പറഞ്ഞു പൂർവജന്മത്തിൽ ഞാൻ രാജാവായിരുന്നു ഭരതനായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഉപദേശിച്ച് അതുകൊണ്ട് ഹേ രഹുഗണ തസ്മാനോ അസംഗ സുസംഗ ജാത ജ്ഞാനാസിനഹൈവ വിവൃക്ണമോഹ ഹരിം തദീഹാകഥനശ്രുതാഭ്യം ലബ്ധസ്മൃതിർയാതി അതിപാരമധ്വന അസംഘം സുസംഗം അസംഘം വൈരാഗ്യം വേണം സത്സംഗം വേണം അതുകൊണ്ട് ജ്ഞാനം ഉണ്ടാവും ഹരിയെ ഹൃദയത്തിൽ പിടിച്ചെടുത്താം ഇങ്ങനെ ഉപദേശിച്ചു ഇത്രകാലം ഉണ്ടാത്ത ആളിപ്പോ ഈ രാഹുഗണന് മാത്രം എന്തിനു ഉപദേശിച്ചു എന്ന് ചോദിച്ചാൽ അതിന് ചില മഹാത്മാക്കളുടെ വ്യാഖ്യാനം വളരെ യുക്തമായ ഒരു വ്യാഖ്യാനം അവർ പറയണത് മാനിനെ ചിന്തിച്ച് ഭരതൻ മാനായി പക്ഷേ ഭരതയോഗിയോടുകൂടെ സമ്പർക്കമേർപ്പെട്ട മാന് രാജാവായി ജനിച്ചു എന്നാണ് രഹുഗണനായിട്ട് ജനിച്ചു മാനിനും സമ്പർക്കം ഉണ്ടായല്ലോ രാജാവിന്റെ അതാണ് ഇപ്പൊ രാജാവിനെ കണ്ടപ്പോൾ ആ പഴയ ബന്ധം ആ നമ്മളുടെ മാനാണ് ഇതിനെ ഉപദേശിച്ച് കരകയറ്റേണ്ട ഒരു ചുമതല വന്നു പോയി അതാണ് ഉപദേശിച്ച് അതും പോയി ഇതും പോയി രണ്ടും സ്വതന്ത്രമായി അങ്ങനെ രഹുഗണന ഉപദേശിച്ച ഭരതൻ അയോ യാദൃച്ഛി ഹോ മുനി സ്വതന്ത്രനായി സഞ്ചരിച്ചു അങ്ങനെ ഭരതോപാഖ്യാനം മേൽക്കൊണ്ടുള്ളതൊക്കെ നമുക്ക് ഉച്ചയ്ക്ക് രണ്ടര മണിക്ക് കാണാം